ഹരി ഓ ഗോവിന്ദന സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ജാനകീകാത്തയ ജയരാമരാമ അന്തരായതിമൂപന്തേ ശാത്തപാവനമചിന്യവൈഭവം തം നരം വപുഷിഗുഞ്ചരം മുഖേ മന്മഹേക്ക്ലഹ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവ്യാപ്തേഹിമൂർത്തമ യന്തിമദ്യം നി കരചരണം നമഗോത്രം നൂത്രം നോ ജാതിർന്ന പതി പുരുഷോ നസം നീക്കം നൈവാരം നി ജനമരണം നാപം തന്നോ തഹജ സമരസം സദ്ഗുരു തം നമാ സദാശിവസമാരംഭാ ശങ്കരാചാര്യ മധ്യമാ അസ്മദാര്യപര്യ വേ ഗുരുപരം പര മൗനവ്യാഖ്യകട്രഹ്മത്തും യുവാന വർഷിഷ്ടേവ സദൃശിഗണൈരാവൃതം ബ്രഹ്മനിഷാരേന്ദ്രം കരകളിതചിന്മുദ്രമാനന്ദമൂർത്തിമുദനം ദക്ഷിണമൂർത്തിമീഡേ േവിഭാസകാതയേന്ദ്രസംഗീന്ദ്രവ്യ മോഹധ്വാന്തതികരാ ഭഗവത്പാദിദിഭ്രേ തസ്മൈ ഭാഷ്യമോസ്തു സതതം പൂർണ്ണ ബോധാത്മനി അപാരസിത്സുഖ വരിരാശേ യോർമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തും രമണ ഗഭീരം ചിന്വിഹീനം ഹൃദ ചിന്തയാഹം മൃണ്മയവ്ജ്ജടാത്മകഹം ബുദ്ധിർന്നോ നാഹം തതിസമയ സിദ്ധാത്മസദ്ഭാവത്ത യുത്ു വരധിയ ദൃഷ്ട്വാനിഷാത്മനം സോഹം സ്ഫൂർത്തിതയാരുണാചലശ പൂർണോ വിഭാതി സ്വയം കരുണപൂർണസുധേ കവളിതഘന വിശ്വകിരണവലിയ അരുണാചല പരമാരുണോഭവ ചിത്തുവി ്യരുണാചലസൂസ് പ്രലീനമേതം ഹൃദ്യഹിത്മതയാസ്തേ വൃദയം നാമ അഹമിതി കൂത ആയാതീയന്വിഷ്യന്ത പ്രവിഷ്ടയാമലധിയാ അവഗമ്യ സ്വം ൂപ്പം ശാമ്യരുണാചല ി നദീവാബൗ തഷയം ബാഹ്യം രുദ്ധപ്രാണേന രുദ്ധമനസാ തയൻ പശ്യത്തി അരുണാചല ി മഹീയം തേ ർപ്പനസ പശ്യൻ സർവൃതികയാതജത്തെ അനന്യ പ്രീയാസജയരുണാചലത്യി സുഖേ മഗ്ന ഹൃദയഗുഹരമധ്യേ കെയലം ബ്രഹ്മമാത്രം ഹ്യഹമഹിതി സാക്ഷാത്മരുപേണ ഭാതി ഹൃദി വിശമനസാ സ്വിൻവതജ്ജതാ പവനചലന റോത്മനിഷ്ടോഭവോണ പ്രഭം സോമകലാവതം സമ്പസ്ഫുരത് പഞ്ചശരേക്ഷുചാ പ്രാണപി നൌമി പിന്നാകണേ കോണത്രയസ് കൂലദൈവതഹം യോന്ത് പ്രവിശ്യ മമവാചയിമാസുപ്ത സഞ്ജീവയക്കില ശക്തിധരസ്വധ്യംശഹസ്തരണവണത്ഗാദീൻ പ്രാണന്നോ ഭഗവത്തെ പുരുഷാ യുഭ്യം ഹരി ഓ ജന്വയാദിതരശ്ചാഷിസ്വരാട്ട് തേനേബ്രഹൃദി കവ മുഹ്യത്തിസൂരയ തേജോ വരിമൃം യഥാവി എത്രിസർഗോ മൃഷാധാ സ്വേന സാ നിരസ്തകുഹകം സത്യം പരം ധീമഹ ധർമ്മ പ്രോജ്ജിതകൈതവോത്ര പരമോ നിമത്സരാണേ വാസ്തവമത്ര വസ്തു ശിവദ്രയോന്മൂലന ശ്രീമദ്ഭാഗവത്തെ മഹാമുനിംവാ പരൈ ഈശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യത്തെ പ്രതി ശുശ്രൂഷി വിക്ഷണത് നിഗമകൾപ്പതരോർഗളിതം ഫലം ുകമുഖാമൃതദ്രവ സംയുത്തഗവതം രസമാലയ മുഹുരഹോര ഭുവി ഭാവുക്കജന്ത അനുപേതമപേതകൃത്യൈപായോ വിരഹ കാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേ തൂതഹൃദയം മുനിമാനത്ത യനുഭാവമിശ്രുതിസാരധ്യാത്മദീപർഷതോന് സംസാരിണ കരുണയാഹ പുരാണ ഗുഹ്യം തം വ്യാസസൂനു മുപയാമു ഗുരുമു സച്ചിദൂപിശ്വോത്പത്തേതേ താപത്രയ വിനാശ ശ്രീകൃഷ്ണ വയനാസുദേ പരമാത്മനി പ്രണതക്ലേശനശോവിന്യ നമോ നമ കൃഷ്ണ വാസുദേവാകീനന്ദനഗോപകുമാരാവിന് നമോ നമ നമ പങ്കജനഭയ നമ പങ്കജമാലി നമു പങ്കജ നേത്രമസ്തേ പങ്കജ്രയേ പീതംബരം കരവിരാജിത ശക്ൗമോദി സരസിജും കരുണാ സമുദ്ര രാധാ സഹായമതിസുന്ദര മന്ദസമ ഹൃദി ഭാവയാ തൃക്വാസുദുജസുരേസിതരാജ്യലക്ഷ്മി ധർമ്മിഷ്ടര്യവചസാണ്യം മാൃഗം ദൈതയേപ്സിതമന്വധാവേ മഹാപുരുഷത്തെ ശരണാരവിന്ദേയം സദാ പരിഭവഗ്നമീഷ്ടോഹം തീർസ്പദിവരണ്യം വൃത്യാർത്തിഹം പ്രണതപാഭവാധിപോതും വന്നേ മഹാപുരുഷത്തെ ചരണാരവിന്ദിശം ഭജതിരുഷാ്യവർഷ സംസേവി ഹനുമതൃഭക്തിഭാജ സീതരാമ പരമാദ്ുതരൂപ രാമാത്മക പരിലസൻ പരിപാടി വിഷു മഹ ശ്രീമദ് ഭാഗവതം ഭാഗവതം എന്ന് പറഞ്ഞാൽ തന്നെ ഭഗവാനെ സംബന്ധിച്ചുള്ളത് എന്നർത്ഥം ഭഗവാനെ സംബന്ധിച്ചുള്ളത് ഭാഗവതം മനുഷ്യനെ സംബന്ധിച്ചുള്ളത് എന്ന് നമ്മള് മാനുഷം എന്ന് പറയും പുരുഷനെ സംബന്ധിച്ചുള്ളത് പൗരുഷം അതുപോലെ ഭഗവാനെ സംബന്ധിച്ചുള്ളത് ഭാഗവതം അപ്പൊ ഭഗവാനെ സംബന്ധിച്ചു ഉള്ളത് എന്ന് പറയുമ്പോ എന്താണ് വിവക്ഷിക്കുന്നത് എന്താണ് ഭഗവാനെ സംബന്ധിച്ചിട്ടുള്ളത് ഭഗവാൻ ആരാണ് ഭഗവാന്റെ സ്വരൂപം എന്താണ് നമ്മൾ വേറെ എവിടെയും വ്യാഖ്യാനം നോക്കാൻ പാടില്ല ഭാഗവതത്തിലെ നോക്കണം According to അക്കോർഡിംഗ് ടു ഭാഗവതം വാട്ട് ഈസ് ഭഗവാൻ എന്താണ് ഭഗവാൻ ഹൂസ് ഭഗവാൻ ഭാഗവതം ആരംഭിക്കുമ്പോഴേ ഒരു വ്യാഖ്യാനം പറഞ്ഞു ജീവിതത്തിന് നമ്മളൊക്കെ നമ്മളുടെ ഹിന്ദു ശാസ്ത്രം സനാതനധർമ്മത്തിൽ പരിചയമുള്ളവരൊക്കെ കേട്ടിട്ടുണ്ടാവും dharmam artham കാമം moksham. എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് ധർമ്മമനുഷ്ഠിക്കാം പിന്നീട് ധാരാളം പണം സമ്പാദിക്കുക പിന്നീട് സുഖഭോഗങ്ങളൊക്കെ അനുഭവിക്കുക എന്നിട്ട് അവസാനം മോക്ഷം ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ പരക്ക ഉണ്ട് ആ തെറ്റിദ്ധാരണ നീക്കാനായിക്കൊണ്ട് തന്നെ ഭാഗവതം ആരംഭിക്കുമ്പോൾ ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്ന് ഈ ഷാർത്ഥങ്ങളെ വ്യാഖ്യാനിച്ചു സൂതൻ ഭാഗവത കഥ പറയുന്നത് സൂതനാണ് നൈമിഷാരണ്യ ക്ഷേത്രത്തില് ശൌനകൻ മുതലായ ഋഷിമാർക്ക് കഥ പറഞ്ഞുകൊടുക്കുകയാണ് എന്താണ് ധർമ്മം എന്താണ് അർത്ഥം എന്താണ് കാമം എന്താണ് മോക്ഷം നമ്മൾക്ക് നമ്മളുടെ അനുഭവമണ്ഡലത്തിൽ നാലെണ്ണമുണ്ട് ഒന്ന് ലോകം രണ്ട് ശരീരം മൂന്ന് മനസ്സ് നാല് ജീവൻ നമ്മളുടെ അനുഭവമണ്ഡലം ഈ കാണുന്ന ലോകം ആ ലോകത്തിൽ വ്യവഹരിക്കുന്ന എന്റെ ദേഹം ദേഹത്തിന്റെ ഉള്ളില് ഞാൻ കാണുന്ന രാഗം ദ്വേഷം അറ്റാച്ച്മെന്റ് അവേർഷൻ ഇതൊക്കെ കൂടിയ മനസ്സ് അതിനു പുറകിൽ മനസ്സിനെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവചൈതന്യം ലോകത്തിൽ ഞാൻ എങ്ങനെ വ്യവഹരിക്കണം എന്ന് ചോദിച്ചാൽ ഋഷികൾ നിങ്ങൾക്കൊരു ടെക്സ്റ്റ് ബുക്ക് തരുന്നു അത് ധർമ്മം ശരീരത്തിൽ ലോകത്തിൽ ഞാൻ വ്യവഹരിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോ ലോകം ദേഹം മനസ് ആത്മ ജീവൻ എന്ന് നാലു പറഞ്ഞു ലോകവ്യവഹാരത്തില് എന്തുകൊണ്ട് കർമ്മമുണ്ട് അല്ലെ ലോകത്തിൽ കർമ്മം ലോകത്തിൽ ഞാൻ എങ്ങനെ വ്യവഹരിക്കണം എന്ന് ചോദിക്കുമ്പോ ധർമ്മത്തിനെ നമുക്ക് തന്നു ശരീരത്തില് എന്തുവേണം സുഖഭോഗങ്ങളും ജീവിക്കാൻ ഭക്ഷണവും മറ്റു പലതും ആവശ്യമുണ്ട് ദേഹത്തിനും അതിന് അർത്ഥം അർത്ഥസമ്പാദനം അർത്ഥം എന്ന് വെച്ചാൽ പണം എന്നർത്ഥമല്ല പണം എന്നുള്ളത് നമ്മള് ഉപയോഗിക്കുന്നു അർത്ഥം സമ്പാദിക്കാനായിട്ട് എന്ന് വെച്ചാൽ എനിക്ക് അരി വേണമെങ്കിൽ കാശ് കൊടുത്തു വാങ്ങിക്കുന്നു പഴയകാലത്ത് എനിക്ക് നാളികേരം ധാരാളം നാളികേരം കൊടുത്തിട്ട് അരി വാങ്ങിക്കും അപ്പൊ ആ നാളികേരം പണമായിട്ട് തീരും വാൽമീകി രാമായണത്തിൽ പാശുപത് ധനുസ് ശിവധനുസിനെ കൊണ്ടുചെന്ന് വെച്ചിട്ട് ജനകൻ വിശ്വാമിത്രനോടായിട്ട് പറയുന്നു സീതാപാണിഗ്രഹ പണം എന്നാണ് സീതാപാണിഗ്രഹണത്തിനുള്ള പണമാണ് ഈ ധനുസ് ഈ ധനുസിനെ ആര് കൊലയ്ക്കുന്നുവോ അവർക്ക് സീതയെ വിവാഹം കഴിച്ചു കൊടുക്കും അപ്പൊ പണം ർഥം എന്ന് വെച്ചാൽ ലോകത്തിൽ എനിക്ക് വ്യവഹരിക്കാൻ എനിക്ക് സൗകര്യം തരുന്നത് അതുകൊണ്ട് അർത്ഥം ശരീരസംബന്ധി അപ്പൊ ധർമ്മം ലോകവ്യവഹാരം മറ്റുള്ളവരോടുള്ള എന്റെ ഡീലിങ്സ് അതാണ് ധർമ്മം അതായത് ലോകത്തിൽ ജീവിക്കുമ്പോ എന്റെ ജീവിതം കൊണ്ട് നിങ്ങൾക്ക് ഉപദ്രവം വരാൻ പാടില്ല നിങ്ങളുടെ ജീവിതം കൊണ്ട് എനിക്കുപദ്രവം വരാൻ പാടില്ല അതിന് പറ്റിയ രീതിയിൽ ഒരു ലൂബ്രിക്കേഷൻ ആണ് ധർമ്മം എന്റെ ശരീരത്തിന് വേണ്ട പല സൌകര്യങ്ങളും ഞാൻ നേടിയെടുക്കാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ് അർത്ഥം ഇനി കാമം അത് മനസ്സിനെ സംബന്ധിച്ചിട്ടുള്ളതാണ് കാമം എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ഭോഗം അനുഭവിക്കൽ എന്നല്ല ജന്മനാ ഞാൻ ചില അർജസ്സും കൊണ്ടുവന്നിട്ടുണ്ട് അത് അനുഭവിച്ച് അവസാനിപ്പിക്കാനുള്ളത് അത് കാമം അത് ഏത് രീതിയിൽ അനുഭവിക്കണം ധർമ്മം അർത്ഥം കാമം എന്ന് പറയുമ്പോൾ അവസാനം മോക്ഷം എന്നൊരു വാക്കു പറയും മോക്ഷം എന്ന് വെച്ചാൽ എന്താ ജ്ഞാനം ആണ് മോക്ഷം നമ്മളുടെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് അറിഞ്ഞാൽ ോ കാമ തീർന്നു കിട്ടും പുതിയ കാമം ഉണ്ടാവില്ല ഉള്ളിലുള്ള കാമനകൾ തീർന്നുപോവും പുതിയ കാമനകൾ ഉണ്ടാവില്ല ജ്ഞാനം ഉള്ളില് പ്രകാശിക്കുകയാണെങ്കിൽ അപ്പൊ ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നുള്ള ഈ നാല് പുരുഷാർത്ഥങ്ങൾ പടിപ്പടിയല്ല ഒരു പശുവിന്റെ നാല് കാലുപോലെയാണ് ഓരോ കാലായിട്ടല്ലോ മുളയ്ക്കണത് നാലു കാലു ഒന്നിച്ചു നടക്കുന്നു അല്ലെ അപ്പോ ധർമ്മം ലോകവ്യവഹാരത്തിൽ വേണം അർത്ഥം ശരീരസന്ധാരണത്തിന് വേണം കാമം മനസ്സിനെ അല്പമൊന്ന് ശമിപ്പിക്കാനായിട്ട് വേണം മോക്ഷം അഥവാ ജ്ഞാനം എന്റെ ആത്മാവിന് വേണം എന്നുവെച്ചാൽ എനിക്ക് പരിപൂർണ തൃപ്തി ഉണ്ടാവാൻ ഈ ധർമ്മം കൊണ്ടോ അർത്ഥം കൊണ്ടോ കാമം കൊണ്ടോ ഒരു ജീവൻ തൃപ്തി ഉണ്ടാവില്ല ഒരു കാറുണ്ട് കാറിൽ പെട്രോളുണ്ട് ഓടിക്കാൻ റോഡും ഉണ്ട് അതിൽ യാത്ര ചെയ്യാൻ ആളില്ലെങ്കിൽ എന്തു പ്രയോജനം യാത്ര ചെയ്ത് സന്തോഷിക്കാനുള്ള ആളില്ലെങ്കിൽ എന്തു പ്രയോജനം അപ്പൊ ധർമ്മവും അർത്ഥവും കാമവും ഒക്കെ കാറുണ്ട് പെട്രോളുണ്ട് ഓടിക്കാനുള്ള ആളുണ്ട് അത്രയേ ഉള്ളൂ പക്ഷെ അതിൽ യാത്ര ചെയ്യുന്ന യാത്രിക്കൻ എവിടെ അപ്പോ ധർമ്മം അർത്ഥം കാമം ഈ മൂന്നും നമ്മളെ നമുക്ക് നിവൃത്തിയില്ലാത്ത സാധനങ്ങളാണ് നമുക്ക് ലോകത്തിൽ വരുമ്പോൾ ഇത് കൂടാതെ കഴിയില്ല പക്ഷേ നമുക്ക് നിശ്ചയമായിട്ടും വേണ്ടതൊന്നുകൊണ്ട് അത് ഭാഗവതം ആരംഭിക്കുമ്പോ സൂതൻ പറഞ്ഞു ജീവസ് ജീവത്തോ ജീവേത യാവതാ ജീവസ തത്വജിജ്ഞാസ നർത്ഥോ യശേഹ കർമ്മഭി ഒരു ജീവന് ധർമ്മം അർത്ഥം കാമം ഒക്കെ ഉണ്ടെങ്കിലും പരിപൂർണമായിട്ടൊരു തൃപ്തി ഉണ്ടാവണമെങ്കിൽ തത്വജിജ്ഞാസ ഉണ്ടാവണം എന്താണ് തത്വജിജ്ഞാസ എന്ന് ശൗനകാദി ഋഷികളൊക്കെ ചോദിച്ചു അവർക്കൊക്കെ ഇപ്പൊ അല്പ അല്പം തോന്നിത്തുടങ്ങിയിരിക്കുന്നു അവര് യാഗം ചെയ്യണം സ്വർഗത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞു അപ്പൊ അവർക്ക് അല്പം ഉള്ളില് തോന്നിയിരിക്കുന്നു ഇത് പോരാ എന്നാണ് ഈ കർമ്മം യാഗയജ്ഞങ്ങളൊന്നും പരിപൂർണമായിട്ട് തൃപ്തി തരുന്നില്ല അപ്പോ ഇതിനു മേലെ വലതുമുണ്ടോ എനിക്ക് പരിപൂർണമായി തൃപ്തി തരുന്ന വലതു ഉണ്ടോ എന്നൊരു ചോദ്യം അവരുടെ ഉള്ളിൽ ഉദിച്ചു തുടങ്ങിയിരിക്കും അപ്പോഴാണോ സൂത്തൻ എവിടേക്ക് വരുന്നത് അധ്യാത്മലോകത്തില് ഒരു നിയമമാണ് എവിടെങ്കിലും ഒരു ജീവൻ ഭഗവാനെ പ്രാപിക്കണമെന്നും ഭഗവത് പ്രാപ്തിക്കായിട്ട് പിടയ്ക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സദ്ഗുരുവിനെ ഭഗവാൻ പറഞ്ഞയക്കും ഈ ജീവൻ ഗുരുവിനെ അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല ഈ ജീവൻ ഒരു ഗുരു കിട്ടിയില്ല എന്ന് വെച്ച് ഇതുവരെ ആരും ജ്ഞാനം നേടാതിരുന്നിട്ടില്ല വേണമെങ്കിൽ ആരും ഗുരുവാം ഭാഗവതത്തിൽ നമ്മൾ ഇനി കാണാൻ പോകുന്നു പ്രകൃതിയിൽ പല പദാർത്ഥങ്ങളും ഒരാൾക്ക് ഇവിടെ ഗുരുവായിട്ട് തീരുന്നു അപ്പൊ ഗുരുവല്ല മുഖ്യം നേരെ മറിച്ച് വലിയ വലിയ മഹാത്മാക്കൾ ഗുരുക്കന്മാരായിരുന്നിട്ട് ഒരു ഉപയോഗത്തിനും കൊള്ളാതെ ആളുകൾ പോയിട്ടുണ്ട് സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ യാദവന്മാരുടെ നടുവില് നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് ജീവിച്ചു എന്നിട്ട് ഉദ്ധവരെ വിതുരരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുന്നു വിതുര വേസ്റ്റായിപ്പോയി വ്യർത്ഥമായി പോയി ഈ യാദവന്മാരെ ഇന്നല്ല അന്നും എങ്ങനെയാണെന്നാണോ ര് പറയത് കൊളത്തില് ചന്ദ്രൻ പ്രതിബിംബിച്ച് കാണുന്നു കൊളത്തിലുള്ള മത്സ്യങ്ങൾ വിചാരിച്ചു അത്ര ഈ ചന്ദ്രനും ഞങ്ങളെപ്പോലെ ഒരു ജലത്തില് ജീവിക്കുന്ന ജീവിയാണെന്ന് വിചാരിച്ച് ഉപയോഗിക്കാതെ പോയി അതുപോലെ കൃഷ്ണൻ കൂടെ നടക്കുന്നത് കണ്ടപ്പോ ഈ യാദവന്മാർക്ക് കൃഷ്ണൻ ഞങ്ങളെ പോലെ ഒരു യാദവൻ എടയച്ചക്കൻ വസുദേവരുടെയും ദേവകിയുടെയും പുത്രൻ എന്തോ കംസനെ വധിച്ചു അത്രയൊക്കെ അറിയാം പ്രയോജനപ്പെട്ടില്ല എന്നാണ് പ്രയോജനപ്പെട്ടില്ല എന്നുള്ളത് കൊണ്ട് ഉദ്ധവരെന്താ ഉദ്ദേശിക്കണ ഉദ്ധവർക്ക് പ്രയോജനപ്പെട്ടുവോ എന്ന് വെച്ചാൽ ഉദ്ധവരെ പലവട്ടം വിതുരർ കണ്ടിട്ടുണ്ടേ പണ്ടൊക്കെ കണ്ടിട്ടുണ്ട് കൃഷ്ണനെ പോലെ തന്നെ വേഷം കൃഷ്ണനെ പോലെ തന്നെ കിരീടം കൃഷ്ണനെ പോലെ തന്നെ കുണ്ടലം കൃഷ്ണനെ പോലെ ഊർധ്വപുണ്ട്രം പക്ഷെ ഇപ്പോ ഉദ്ധവര് വിതുരര് അങ്ങനെയല്ല കാണുന്നത് തൃതീയസ്കന്ധത്തില് ഭാഗവതത്തിൽ ഞാൻ പറയുന്ന കഥ യമുനാതീരത്തിൽ വിതുരര് കുരുക്ഷേത്ര യുദ്ധം ആരംഭിച്ചപ്പോ യുദ്ധത്തിൽ ഞാൻ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് തന്റെ മന്ത്രിസ്ഥാനം രാജിവെച്ച് അവിടുന്ന് ഇറങ്ങിപ്പുറപ്പെട്ട് ഇങ്ങനെ തീർത്ഥയാ തീർത്ഥാടനം ചെയ്ത് യമുനാതീരത്തിൽ എത്തിയപ്പോഴാണ് ഉദ്ധവരെ കാണുന്നത് ഉദ്ധവരെ കണ്ട ഉടനെ വിതുരന്റെ മനസ് ഇങ്ങനെ കലങ്ങി മറിയാണ് തന്റെ വംശം മുഴുവൻ നശിക്കാൻ പോകുന്നു പരസ്പരം യുദ്ധം ചെയ്ത് മരിക്കാൻ പോകുന്നു വിചാരിച്ച് അവരെ ഒന്നും രക്ഷിക്കാൻ പറ്റിയില്ല ഹസ്തനാപുരം നശിക്കാൻ പോകുന്നു തന്റെ ഭ്രാതാക്കളും ഒരാള് പോയി മറ്റൊരാള് നശിക്കാൻ പോകുന്നു സഹോദരന്മാരും സഹോദരപുത്രന്മാരും നശിക്കാൻ പോകുന്നു ഇതൊക്കെ ചിന്തിച്ച് ദുഃഖിച്ചുകൊണ്ടാണ് ഉദ്ധവര് യമുനാ അപ്പോഴാണ് വിദുരരെത്തിയത് അപ്പോഴാണ് ഉദ്ധവരെ മുമ്പിൽ കാണുന്നത് ഉദ്ധവരെ കണ്ട ഉടനെ പൂർണാർത്ഥോലക്ഷിതേന് സ്നേഹപ്രസരസംപ്ലുത ഉദ്ധവരെ കണ്ട ഉടനെ ഉദ്ധവർ എന്നു പറഞ്ഞ ഒരു മനുഷ്യൻ നിൽക്കണു എന്ന് തോന്നിയില്ല വിദുരർക്ക് ഒരു പൂർണ വസ്തു നിൽക്കണു എന്നാണ് പൂർണാർത്ഥോലക്ഷിതഹ ഒരു പൂർണ്ണ വസ്തു തന്റെ മുമ്പിൽ നിൽക്കണു ഉദ്ധവരെ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഉദ്ധവരെ കാണാനില്ല അവിടെ ഉദ്ധവരുടെ ബാഹ്യ ശരീരം നിൽക്കണു ഉള്ളില് പൂർണാർത്ഥോ പൂർണ്ണമായ അർത്ഥം നിൽക്കണു എന്നാണ് വ്യക്തിയല്ല അർത്ഥ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം അർത്ഥം തന്നെ അർത്ഥം അല്ലേ അർത്ഥം എന്ന് വെച്ചാൽ മീനിങ് അല്ലേ നമുക്ക് മലയാളികൾക്ക് അർത്ഥം എന്ന് വെച്ചാൽ അർത്ഥം പണം അർത്ഥമല്ല अर्थम सुब्रह्मण्यु भुजंगस्वामु महावाक्यगूम सुब्रह्मण्य ने मेब आचार्यम सुब्रह्मण्य भुजंग स्ुति सुब्रह्मण्यन महावाक्यगूम उपनिषत् वेद प्रज्ञान ब्रह्म अहम ब्रह्मास्मी तत्वी अयमात्मा ब्रह्म സർവം ഖലു ഇതം ബ്രഹ്മ എന്ന മഹാവാക്യത്തിൽ ഗൂഢമായിട്ട് ഏതൊരു അർത്ഥമുണ്ടോ ആ അർത്ഥം ഇവിടെ വേലൊക്കെ പിടിച്ച് നിൽക്കുന്നു അതേപോലെ ഇവിടെ ഉദ്ധവരെ മുമ്പിൽ കാണുമ്പോ വിതുരർക്ക് യാദവംശത്തിലെ ഒരു പ്രമുഖനായ ഉദ്ധവർ തന്റെ മുമ്പിൽ നിൽക്കണമെന്ന് തോന്നിയില്ല പഴയ ഉദ്ധവരല്ല ഇപ്പൊ അലങ്കാരമൊന്നുമില്ല കുണ്ടലമില്ല കിരീടമില്ല ആഭൂഷണങ്ങളില്ല തലയൊക്കെ വിരിച്ചിട്ടിരിക്കുന്നു പരട്ടയായിട്ട് എണ്ണ തേച്ചിട്ടില്ല വസ്ത്രം ഉടുത്തിട്ടില്ല കൗബീനമാത്രധാരി എവിടെയോ ദൃഷ്ടി കണ്ണു തുറന്നിരിക്കുന്നു ഒന്നും കാണുന്നില്ല തദ്വിഷ്ണോ പരമം പദം സദാ പശ്യന്തി സൂരയ ദിവീവ ചക്ഷുരാതം ആകാശത്തിൽ എന്ന ദൃഷ്ടി അപ്പോ ആ ഉദ്ധവരെ കണ്ടിട്ടാണ് വിതുരൻ പറയണത് ഒരു ീപ് ഇമ്പോർട്ട് ഈസ് സ്റ്റാൻഡിങ് ബിഫോർ മീ എ പേഴ്സൺ ഈസ് നോട്ട് സ്റ്റാൻഡിങ് ബിഫോർ മീ ഡീപ്പ് മീനിങ് ഇസ് സ്റ്റാൻഡിങ് ബിഫോർ മീ എന്താ അങ്ങനെ പറഞ്ഞ അർത്ഥം ഒരു അർത്ഥം എന്റെ മുമ്പിൽ നിൽക്കണു എന്നുവെച്ചാലോ ഉപനിഷത്തുകളും വേദമന്ത്രങ്ങളും ഒക്കെ ഏതൊരു വസ്തുവിനെ ലക്ഷ്യം എന്ന് പറയുന്നുവോ ആ ലക്ഷ്യം എന്റെ മുമ്പിൽ ഒരു രൂപമെടുത്ത് നിൽക്കുന്നു എന്നാണ് ഉദ്ധവരെങ്ങനെ എങ്ങനെയായി ഉദ്ധവർ ഇങ്ങനെ ആവാൻ കാരണം എന്താ ഉദ്ധവർ ഇല്ലാതായി തമിഴില് ശൈവസിദ്ധാന്തക്കാരൊരു ഉദാഹരണം പറയും ആന വിഴുങ്ങിയ വ്ളാമ്പഴം എന്ന് പറയും വിളാംബഴം എന്ന് വെച്ചാൽ വ്ളാരങ്ങ തമിഴ്നാട്ടിൽ ധാരാളം കിട്ടും കേരളത്തിൽ വളരെ വിരളം പാലക്കാട് സൈഡ് കുറച്ച് കിട്ടാറുണ്ട് നല്ല പന്തുപോലെ ബലമായിട്ട് നാളികേരത്തിന്റെ ചരട്ട പോലെ ഉണ്ടാവും ക്രിക്കറ്റ് ബോൾ പോലെ ഉണ്ടാവും ഗ്രേ കളറിൽ ആന ഈ ബ്ലാരങ്ങിയെ വിഴുങ്ങിയാൽ അതിനാണ് കവിത്തം കവിത്ത ജംബൂഫലസാര ഭക്ഷിതം എന്ന് നമ്മൾ പറയുന്നല്ലോ കവിത്തം അത് ആന വിഴുങ്ങിയാൽ അതേപോലെ വിസർജിക്കൂ അത്രേ ആന വിഴുങ്ങിയിട്ട് വിസർജിച്ച് പുറത്തു വരുമ്പോ അതേപോലെ ഉണ്ടാവും പക്ഷെ അത് ഡിസെപ്റ്റീവാണ് പുറത്തേക്ക് കാണുമ്പോ അതേപോലെ ഉണ്ടാവും പൊളിച്ചു നോക്കിയാൽ ഉള്ളിലുള്ളതൊക്കെ പോയിട്ടുണ്ടാവുന്നതാണ് അതിന്റെ ഉള്ളില് ജാം ും അതൊക്കെ എടുത്തിട്ടുണ്ടാവും പുറമേക്കുള്ള ചരട്ട അതേപോലെ ഉണ്ടാവും ഇതേപോലെ ആത്മജ്ഞാനം നേടിയ ഒരാൾ ആത്മസാക്ഷാത്കാരം നേടിയ ഒരു ജ്ഞാനി അജ്ഞാനിയിൽ നിന്ന് ഏതു വ്യത്യസ്തൻ കണ്ണും മൂക്കും തലയും ശരീരവും ഒക്കെ ഒരേപോലെ പക്ഷേ ഈ ആന വിഴുങ്ങിയവൾ അഴങ്ങിയ പോലെ ഉള്ളിലുള്ള വാസനകളൊക്കെ പോയി ഉള്ളിലുള്ള തന്റെ വ്യക്തിത്വം പോയി ഉള്ളിലുള്ള അഹങ്കൃതി തന്റെ ജീവഭാവം താനൊരു പ്രത്യേക ജീവനാണെന്നുള്ള അഹങ്കാരം അവിടുന്ന് പോയിപ്പോയിരിക്കുന്നു ആ അഹങ്കൃതി അവിടുന്ന് പോയപ്പോ പിന്നെ അവിടെ എന്തുണ്ട് അഹമാത്മാ ഗുഢാകേശ സർവഭൂതാശയസ്ഥിത സാക്ഷാത് ആത്മസ്വരൂപിയായി ഭഗവാൻ അവിടെ പ്രകാശിക്കുന്നു അവിടെ ജീവനില്ല അതുകൊണ്ടാണ് ഉദ്ധവരെ കാണുമ്പോൾ വിതുരർക്ക് പൂർണാർത്ഥോലക്ഷിത ഒരു പൂർണ്ണമായ പൊരുൾ തന്റെ മുമ്പിൽ നിൽക്കുന്നു പൂർണമായ ഒരു വസ്തു തന്റെ മുമ്പിൽ നിൽക്കണു എന്ന് ഉദ്ധവർക്ക് തോന്നിയത് വിദുരർക്ക് തോന്നിയത് ഉദ്ധവരെ അപ്പോ അവിടെ ഉദ്ധവര് പറയുന്നു എനിക്ക് കിട്ടി ഈ യാദവർക്കൊന്നും കിട്ടിയില്ലല്ലോ താങ്കൾക്ക് എന്ത് കിട്ടി എന്ന് വെച്ചാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അവസാനം ഈ ലോകം വിട്ടു പോകുമ്പോ ആ കാല് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ കരഞ്ഞു പ്രഭോ എന്നെ രക്ഷിക്കണം അപ്പോ भगवान എനിക്ക് ഉപദേശിച്ചു തന്നു നമ്മൾ ഇനി കാണാൻ പോകുന്നു ഏകാദശത്തില് അത് ഈ യാദവരാരും ഉപയോഗിച്ചില്ലല്ലോ എന്നാണ് കൂടെ തന്നെ ഉണ്ടായിരുന്നു അവരൊക്കെ സുഖമായിട്ട് ജീവിച്ചു കൊട്ടാരത്തില് സുഖമായിട്ട് യാദവന്മാര് ദ്വാരകയില് സുഖസമൃദ്ധമായിട്ട് ജീവിച്ചു ഭഗവാന്റെ ഐശ്വര്യത്തിൽ രമിച്ചു ഈശ്വരനെ വിട്ടുകളഞ്ഞു അപ്പോ വിട്ടുകളയാൻ വളരെ എളുപ്പമാണ് അപ്പോ ഭഗവാനെ സംബന്ധിച്ചിട്ടുള്ളത് എന്നുള്ളത് എന്താണ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ധവർക്ക് എന്താണോ കിട്ടിയത് അതാണ് ഭഗവാനെ സംബന്ധിച്ച വസ്തു ഭാഗവതം എന്ന് വച്ചാൽ വദന്തി തത്വവിധ തത്വം യജ്ഞാനം അദ്വയം ബ്രഹ്മേതി പരമാത്മേതീ ഭഗവാൻ ഇതീ ശബ്ദ്യ എന്താണ് ഭഗവാൻ ആരാണ് ഭഗവാൻ എന്നുള്ളതിന് ഉത്തരവാ വദന്തി പറയുന്നു ആര് പറയുന്നു തത്വവിധ തത്വത്തിനെ അറിഞ്ഞിട്ടുള്ളവർ തത്വവിത്തുകൾ തത്വം അറിഞ്ഞിട്ടുള്ളവർ തത്വവിത്തുക്കളായിട്ടുള്ളവർ പറയുന്നു എന്തു പറയുന്നു തത്വം അവർ തത്വം പറയുന്നു എന്താ തത്വം അദ്വയം യാതൊന്നിനെ ജ്ഞാനം എന്ന് പറയുന്നു അതിനെ അവർ പറയുന്നു ജ്ഞാനം അദ്വയം ബോധസ്വരൂപമായി രണ്ടില്ലാത്തതായി സർവത്ര വ്യാപിക്കുന്നതായിട്ടുള്ള ഒരു സത്യത്തിനെ അവര് ഓതുന്നു വിളിച്ചു പറയുന്നു അദ്വയം അതിന് എന്തൊക്കെ പേരുണ്ട് ബ്രഹ്മേത്തി ചിലര് ബ്രഹ്മം എന്ന് പറയുന്നു പരമാത്മേത്തി ചില പരമാത്മാ എന്ന് പറയുന്നു ഭഗവാൻ ഇതീം ചിലർ ഭഗവാൻ എന്ന് ശബ്ദത്തേം ശബ്ദിക്കുന്നു എന്നാണ് വസ്തു ഒന്ന് തന്നെ പലരും പല പേര് പറഞ്ഞു വിളിക്കുന്നു ചിലർ ബ്രഹ്മം എന്ന് പറയുന്നു ഔപനിഷതന്മാർ ഉപനിഷത്തുക്കളിൽ ഭഗവാൻ എന്ന് ഭക്തന്മാർ വിളിക്കുന്നു ഓരോരുത്തർ ഓരോന്ന് വിളിക്കുന്നു രാമകൃഷ്ണ പരമവംസർ പറയും ബിസ്കറ്റ് പല ഷേപ്പിലുണ്ടാവും പൂച്ചയുടെ ഷേപ്പില് നായയുടെ ഷേപ്പില് പശുവിന്റെ ഷേപ്പില് പുലിയുടെ ഷേപ്പില് ചെറിയ കുട്ടികൾ പറയും എനിക്ക് പൂച്ചയുടെ ബിസ്കറ്റ് തന്നെ വേണം എന്ന് പുലിയുടെ ബിസ്ക്കറ്റ് കൊടുത്താൽ എനിക്കിത് വേണ്ട ഇത് വേറെ അത് വേറെ ബിസ്കറ്റ് വായിലിട്ടാൽ പുറത്ത് ഷേപ്പ് വ്യത്യാസം വായിലിട്ടാലോ രണ്ടിന്റെയും രുചി ഒരേ രുചിയാണ് പൂച്ച ബിസ്കറ്റായാലും നായ ബിസ്കറ്റായാലും വായിൽ പോയി കഴിയുമ്പോൾ രുചി ഒരേ പോലെ ഉണ്ട് പക്ഷെ പുറമേക്ക് കാണുമ്പോൾ ഷേപ്പിൽ വ്യത്യാസം രൂപത്തില് വ്യത്യാസം അപ്പൊ ആ ഉള്ളിലുള്ള രുചിയാണ് ജ്ഞാനം അദ്വയം ബ്രഹ്മേതി പരമാത്മേ തി ഭഗവാൻ ഇതി ശബ്ദത്തെ ബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഭഗവാനെന്നും പേരുമാറ്റി പറയുന്നു അപ്പൊ ആ ഭഗവാനെ അനുഭവിക്കുക ഭഗവാന്റെതായിട്ടുള്ള ജ്ഞാനത്തിനെ നമ്മളുടേതാക്കി തീർക്കുക ആ ജ്ഞാനത്തിന്റെ പേരാണ് ഭാഗവതം ആ ജ്ഞാനമാണ് ഭാഗവതം അതുകൊണ്ട് ഭാഗവതം എന്നുള്ള ഈ പുസ്തകത്തിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാം ചില ഭക്തന്മാർ കൂടി ചേരുമ്പോ ഈ ഭാഗവതം ഭാഗവതം പറയൂ ഭാഗവതം പഠിക്കുന്നവർക്ക് തോന്നുന്നു ഇതെന്താ ഈ ഭാഗവതത്തിന്റെ നടുവിൽ ഭാഗവതം പറയൂ ഭാഗവതം പറയൂ ഭാഗവതം പറയൂ എന്ന് വെച്ചാൽ ഭഗവാനെ കുറിച്ച് പറയൂ ഭഗവത് തത്വം എന്നർത്ഥം അപ്പൊ ഭാഗവതം എന്ന് വെച്ചാൽ ഭഗവാന്റെ സംബന്ധമായ ജ്ഞാനം അറിവ് എന്നർത്ഥം ഈ ഭാഗവതം ശ്രീമദ് ഭാഗവതം അനേക ഭാഗവതങ്ങളുമുണ്ട് ദേവി ഭാഗവതമുണ്ട് ഈയിടെയായിട്ട് പ്രൊഫസർ ദേവസ്യാ ക്രിസ്തു ഭാഗവതം എഴുതി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അറിയില്ല അതിന് അവാർഡൊക്കെ കിട്ടി സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടി പക്ഷെ അത് പ്രചാരത്തിലൊന്നും വന്നില്ല ഭംഗിയായിട്ട് ആദ്യം നല്ല ഒരു ശ്ലോകം ബ്രഹ്മ ബ്രഹ്മതത്വപരമായി ശ്ലോകവും ആരംഭിച്ച് വാൽമീകി മുതലായ ഋഷികളെയൊക്കെ നമസ്കരിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത് ഞാൻ തന്നെ സപ്താഹം തുടങ്ങിയാലോ എന്ന് ആലോചിച്ചു എന്താ ഈ കൺവേർഷനൊക്കെ അതോടെ നിന്നു പോകും കാരണം നമ്മൾ തന്നെ അങ്ങോട്ട് പോയിക്കളയാം എന്നിട്ട് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാം അപ്പോ നല്ല ഒരു പരിപാടിയാണ് ക്രിസ്തു ഭാഗവതം എന്ന് പറഞ്ഞ എഴുതി അപ്പോ ഭാഗവതം ഇവിടെ ോ ഈ ബ്രഹ്മത്തിനെ നമസ്കരിച്ചുകൊണ്ട് ജന്മാ യന്വയാതരശ അത്രു അഭിക്കസ്വരാഡ് തേനേ ബ്രഹ്മഹൃദിഗുഹ്യത്തിസൂരജ തേജോ വരി മൃഗം യഥാ വിനിമയോ എത്ര ത്രിസർഗോ മൃഷാ സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി ഈ ഒരേ ഒരു ശ്ലോകം ഫസ്റ്റ് ശ്ലോകം ആ ശ്ലോകത്തിന്റെ വ്യാഖ്യാനമാണ് ബാക്കി പതിനേഴായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ശ്ലോകങ്ങൾ ബാക്കി ഉണ്ടെങ്കിൽ ശ്ലോകം കുറച്ച് വ്യത്യാസം കാണും ഈ ഒരേ ഒരു ശ്ലോകത്തിന്റെ വ്യാഖ്യാനമാണ് ഭാഗവത ഗ്രന്ഥം മുഴുവനും സ്വേനധാം നിരസ്തകുഹകം സത്യം अनुभक्य वाक् नाम आश्लोकम व्याख्या ऐकादश्यीमह्रोज्जिद भागवत्यम धर्म परम धर्मे भगवां मत वास्तव बाकी कम इन परम धर्म चुकी ജീവിതത്തിന് സാരമായിട്ട് ഒരർത്ഥമേ ഉള്ളൂ ഭക്തി ഭഗവത്പ്രാപ്തി ബാക്കി എന്ത് വേണമെങ്കിലും ഊന്ന ഉറങ്ങുക അതൊക്കെ എല്ലാവർക്കും ചെയ്യാതെ നിവൃത്തിയില്ല അതുകൊണ്ട് ചെയ്യണം അതിനുവേണ്ടി അർത്ഥം കാമൊക്കെ അതിൽ മറ്റുള്ളവന്റെ ചോറ് ഞാൻ തട്ടിപ്പറിക്കരുത് അതിനുവേണ്ടി ധർമ്മം പക്ഷെ അതൊന്നും ആത്യന്തിക ധർമ്മമല്ല ജീവിതത്തിന് ഒരു പ്രയോജനമേ ഉള്ളൂ ഭഗവത് ഭക്തി ഭഗവത്പ്രാപ്തി ഭക്തി ചെയ്യണം ഭക്തി കൊണ്ട് ഭഗവത് അനുഭവം തന്നെ ഭക്തി ഭക്തിച്ചാൽ എന്താ ഭഗവാനെ അനുഭവിക്കുന്നതിന് പേര് ഭക്തി ഭഗവാനെ അറിയുന്നതിന് പേര് ജ്ഞാനം അത്രയേ ഉള്ളൂ അപ്പോ ഈ ഭക്തി വേണം നമുക്ക് ഭഗവത് ഭക്തി ഭഗവത് അനുഭവം ഉണ്ടാവണം അതുതന്നെ ഭാഗവത സന്ദേശം ബാക്കിയൊന്നും കാര്യമില്ല ബാക്കിയുള്ള ശാസ്ത്രങ്ങളിലൊക്കെ ഇന്ദിര ബാക്കിയുള്ളതിലൊക്കെ അല്പസ്വല്പം നമുക്ക് നിങ്ങൾ ഈ ശാസ്ത്രം കേട്ടാൽ മകൾക്ക് കല്യാണം കഴിയും പേരക്കുട്ടി ഉണ്ടാവും ജോലി കിട്ടും ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളെ കൊണ്ടുവരും ഭാഗവത ശാസ്ത്രത്തിൽ അത്തരത്തിലുള്ള വഴിയൊന്നുമില്ല ഭക്തി വരണോ വരാ അതും ഭക്തിക്ക് എന്ത് വില നൽകണം ത്യാഗേ നയിക്കേ അമൃതത്വം ആനശുഹു ത്യാഗം ചെയ്യാം എന്തിനെ ത്യാഗം ഭഗവാനെ ഒഴിച്ച് ബാക്കിയൊക്കെ ത്യാഗം ചെയ്യാന്നാണ് തയ്യാറാണോ ഭക്തി കബീർദാസ് കാശിയിലുള്ളപ്പോ ഒരു വലിയ വ്യാപാരി അയാളിങ്ങനെ ഭാഗവതമൊക്കെ കേൾക്കാൻ പോകും അപ്പൊ ധാരാളം കേട്ട് കേട്ട് അദ്ദേഹത്തിന് ഭക്തി ഭക്തി ഇവരൊക്കെ പറയണം അദ്ദേഹത്തിന് എല്ലാം ഉണ്ട് വലിയ ബംഗ്ലാവുണ്ട് കുതിരയുണ്ട് ആനയുണ്ട് ജോലിക്കാരുണ്ട് എന്തും അദ്ദേഹത്തിന് ഈ ഭക്തി മാത്രം കിട്ടിയില്ലാന്നാണ് അപ്പം അദ്ദേഹം എല്ലാ സാധുക്കളോടും പോയി ചോദിക്കും ഈ ഭക്തി എങ്ങനെ കിട്ടും അവര് ജപിക്കണം തപസ് ചെയ്യണം അതൊന്നും വയ്യ അല്ലാതെ വല്ലതും കിട്ടാൻ വഴിയുണ്ടോ അപ്പൊ ഒരു ദിവസം കബീർ അദ്ദേഹത്തിന്റെ തലയില് ഒരു കൊട്ടയും വെച്ചുകൊണ്ട് ഈ ജമീന്ദാറുടെ വീട്ടിന്റെ മുമ്പ് കൂടെ നടക്കുകയാണ് ഭക്തി വേണോ ഭക്തി പരാഭക്തി വേണോ അപ്പൊ ഈ ജമീന്ദാർ വിചാരിച്ചു ആഹ ഇത്രയും എളുപ്പത്തിൽ നമുക്ക് ഭക്തി കിട്ടുമെങ്കിൽ എന്തിനിത്രയൊക്കെ മെനക്കെടണം പണം കൊടുത്താൽ കിട്ടും ഏ ഇവിടെ വരൂ എന്താ ഇപ്പോ വിൽക്കാൻ പോണത് ഞാൻ ഭക്തി വിൽക്കാൻ പോവുക നല്ല ഭക്തിയാണോ ഉള്ളത് ഫസ്റ്റ് ക്ലാസ് ഭക്തി പരാഭക്തി എന്താ വില ഭക്തിക്ക് നിന്റെ തല തർക്കുത്തരം പറഞ്ഞതല്ല തല തരാൻ തയ്യാറാണെങ്കിൽ ഭക്തി തരാമെന്നാണ് എന്ന് വെച്ചാൽ ആർ യു റെഡി ടു ഓഫർ യുവർ സെൽഫ് സാക്രിഫൈസ് യുവർ സെൽഫ് നന്നെ തന്നെ വിട്ടുതരാൻ കഴിയുമോ എന്നാണ് സ്വയം താനില്ലാതായിട്ട് തീരാൻ തയ്യാറാണെങ്കിൽ ഭക്തി തരാമോ ആദ്യം ഈ ഭക്തിയെ ഭക്തിക്ക് അർത്ഥം തന്നെ എങ്ങനെയാണ് നിങ്ങളെ സംസ്കൃത ഭാഷ മുഴുവൻ അന്വേഷിച്ച് നോക്കൂ പ്രിയം എന്ന് നമ്മൾ പറയുന്നു ഭഗവാനോട് പ്രിയം അല്ലെ ആ പ്രിയം എന്നുള്ള വാക്ക് ഭർത്താവിന് ഭാര്യയോട് പ്രിയം എന്ന് ഉപയോഗിക്കും ആസക്തി എന്ന് പറയുന്നു ഭഗവാൻ ഗീതയിലും ആസക്തമനാഹ ആസക്തി ലോകത്തിലുള്ള എല്ലാത്തിലും ഉപയോഗിക്കും പണത്തിന് ആസക്തി പേരിൽ ആസക്തി പക്ഷെ ഭക്തി എന്നുള്ള വാക്ക് മറ്റൊരു സ്ഥലത്ത് ഉപയോഗിച്ചിട്ടില്ല ഭക്തിയെ നമ്മൾ ഡെഫനിഷൻ കൊടുത്തിട്ട് ആ പദത്തിന്റെ എത്തിമോളജിക്കൽ മീനിങ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഇപ്പൊ ഭക്തി എന്നുള്ള പദം എവിടുന്ന് വന്നു എന്റെ ഒരു ദിവസത്തെ മനനോ ആയിരുന്നു ഇത് എങ്ങനെ ഈ ഒരു ഭക്തി എന്ന് എന്തുകൊണ്ട് പറഞ്ഞു അവസാനം ഭഗവാൻ അത് കാണിച്ചു തന്നു ആ പദത്തിന്റെ പൊരുൾ എന്താണെന്ന് ഭക്തി എന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ വിഭക്തി ഉണ്ട് കേസ് എൻഡിങ്സ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അതായത് ഓരോ വാക്കും പറയുമ്പോൾ മലയാളത്തിലും വിഭക്തി എന്ന് തന്നെ പറയാം ഞാൻ എന്നുള്ളത് പ്രഥമാവിഭക്തി എന്നെ എന്നുള്ളത് രണ്ടാമത്തെ ദ്വിതീയ വിഭക്തി ഞാൻ അങ്കട്ടോ എന്നെ ഇവിടെ പ്രഭാഷണത്തിന് വിളിച്ചു എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വിഭക്തിയായി എന്നെ കൊണ്ട് ഞാൻ കാരണം ഇവിടുത്തെ പ്രഭാഷണം നടക്കുന്നു എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ വിഭക്തിയായി എനിക്ക് വേണ്ടി ഇവിടെ പ്രഭാഷണം നടക്കണോ എന്ന് പറഞ്ഞാൽ നാലാമത്തതായി എന്നിൽ നിന്നും പലതും വിട്ടുപോയി എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തതായി ഈ ഭാഗവത പുസ്തകം വാച്ച് എന്റെയാണ് എന്ന് പറഞ്ഞാൽ ആറാമത്തതായി എന്നിൽ എന്റെ കഴുത്തിൽ ഈ മാല കടക്കണു എന്നിൽ ഈ വസ്ത്രമുണ്ട് എന്നിൽ പലതുമുണ്ട് എന്ന് പറഞ്ഞാൽ ഏഴാമത്തതായി ൂടാതെ ലോകത്തിലൊന്ന് ജീവിച്ചു നോക്കൂ ഈ ഏഴ് മൂവ്മെന്റ് ഓഫ് ഈഗോ സെവൻ മൂവ്മെന്റ്സ് ഓഫ് ഈഗോ നമ്മളുടെ അഹങ്കാരം ഈ ഏഴ് വിധത്തിലാണ് നമ്മളുടെ ഉള്ളിൽ ചലിക്കുന്നത് അല്ലേ ഈ ഏഴല്ലാതെ വേറെ ഒന്നുമില്ല ഞാൻ എന്നെ എന്നാലെ എനിക്ക് വേണ്ടി എന്റെ ഈ ഏഴ് വിധത്തിലുള്ള ചലനത്തിനെയും ലിക്വിഡേറ്റ് ചെയ്യുന്ന ഒരു അനുഭവത്തിന്റെ പേരാണ് ഭക്തി വിഭക്തി വിഭക്തിയെ ഈ സപ്ത വിഭക്തികളെയും ഇല്ലാതെ ആക്കുന്ന അനുഭവം മറ്റൊന്നുമല്ല ആത്മസാക്ഷാത്കാരം അതിനു പേര് തന്നെ ഭക്തി ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ ഒരിടത്ത് പറയുന്നു ബ്രഹ്മണി കാരകലേശസ്പർശോപിനാണ് ഈ കാരകങ്ങളൊന്നും ബ്രഹ്മത്തിനെ സ്പർശിക്കുകയേ അതൊരു ക്ലൂ ആണതിന് അനുഭൂതി എന്താണ് അനുഭൂതിയിൽ ഞാനില്ല എന്റെ ഇല്ല എനിക്ക് വേണ്ടിയില്ല ആ ഞാൻ എന്നുള്ള സ്ഥാനത്ത് എന്തുണ്ട് ഭഗവാൻ മാത്രമുണ്ട് ഭഗവാൻ ഉണ്ട് ഭഗവാനാലെ നടക്കുന്നു ഭഗവാന് നടക്കുന്നു ഭഗവാൻ ചെയ്യുന്നു ഭഗവാനായിക്കൊണ്ട് ചെയ്യുന്നു ഭഗവാനിൽ നടക്കുന്നു എല്ലാം അവിടെ ഭഗവാനാണ് കൃഷ്ണോരക്ഷത്തുവാം ചരാചരഗുരുഹു കൃഷ്ണം നമസ്തേ സദാ കൃഷ്ണേനൈവ സുരക്ഷിതോഹമസ കൃഷ്ണായ തുഭ്യം നമ കൃഷ്ണസാസോസ്മ്യഹം കൃഷ്ണേ ഭക്തിരചഞ്ജലാ കൃഷ്ണാസമുഭൂതമിതം ജഗത് ഹേ കൃഷ്ണ തുഭ്യം നമ കൃഷ്ണേ ഭക്തിരചഞ്ജലതു മേ ഹേ കൃഷ്ണ തുഭ്യം നമ ഈ അഹങ്കാരത്തിന്റെ ചലനസ്ഥാനത്തൊക്കെ കൃഷ്ണൻ വരുമ്പോ ഭക്തിയായി അപ്പോ വിഭക്തികൾ ടോട്ടലി ഓൾ ദ മൂവ്മെന്റ്സ് ഓഫ് ദ ഈഗോ ഇസ് ലിക്വിഡേറ്റഡ് ിസോൾഡ് ആ അനുഭവം അത് തന്നെ ജ്ഞാനികൾ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നു എന്നുവെച്ചാൽ അവിടെ ഞാനില്ല അവിടെ ഞാൻ എവിടെ നിന്ന് ഉദിച്ചുവോ അവിടെ തന്നെ ഇല്ലാതാവുന്നു ഞാനില്ലാതായാൽ പിന്നെ എങ്ങനെ ജീവിക്കുമോ ഞാനില്ലാതായിട്ട് ഞാൻ ജീവിക്കുന്നു ഞാൻ അഹങ്കാര രൂപത്തിൽ ഇല്ലാതായിട്ട് അഹങ്കാരം പോയാൽ എന്തുണ്ടോ അതുണ്ട് അതെല്ലാ വ്യവഹാരത്തിനും പൂർണ്ണപ്രജ്ഞാ സാക്ഷിയായിട്ട് നിൽക്കും സുഷുപ്തി അവസ്ഥയിൽ ഞാനില്ലാതാവുന്നല്ലോ നമ്മളൊക്കെ സുഖമായി ഉറങ്ങുന്നില്ലേ രാത്രി അല്ലെ ഉറക്കത്തില് ഈ ഞാനെന്നുള്ള വ്യക്തിത്വം ചെന്ന് ലയിക്കുന്നു ഉറക്കത്തിൽ ഇതുവരെ ആരും കംപ്ലയിന്റ് ചെയ്തിട്ടില്ല ദുഃഖം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയണു ഉറങ്ങി എണീക്കുമ്പോൾ സുഖമായിരുന്നു അപ്പോഴേക്ക് ആറുമണിയായി കുറച്ചു നേരം കൂടെ കിട്ടിയാൽ വേണ്ടില്ലായിരുന്നു സമയം പോയതറിഞ്ഞില്ല ചിലപ്പോ ചിലര് പ്രഭാഷണത്തിനൊക്കെ വരും ഈയിടെ ഒരാൾ പറഞ്ഞു ശിവരാത്രിക്ക് രാത്രി മുഴുവൻ കണ്ണു മൊഴിച്ചു എന്നിട്ട് എട്ടാം തീയതി ശിവരാത്രി കഴിഞ്ഞു ഓഫീസിൽ പോയി ഒമ്പത് മൂന്ന് രണ്ടായിരത്തി എന്ന് എഴുതി അപ്പൊ ഓഫീസർ പറഞ്ഞു തെറ്റി ഇന്ന് പത്താണ് ഏയ് ഇന്നലെ ശിവരാത്രി ഇന്ന് ഒമ്പത് ഏയ് നടുവിൽ ദിവസം പോയി നടുവിൽ നടുവില് ഒരു ദിവസം പോയി എന്താ ഉറങ്ങിയിട്ടുണ്ട് ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല നടുവിൽ ഒരു ദിവസം പോയതേ അറിഞ്ഞില്ല സമയം പോണതറിയില്ല ശരീരപ്രജ്ഞയില്ല ഞാൻ എന്തുകൊണ്ട് വ്യക്തിത്വമില്ല അപ്പൊ സുഖമുണ്ട് അതിനൊരു ക്ലൂ ആണ് ഉറക്കം അപ്പോ ജാഗ്രത അവസ്ഥയിലും ഈ അഹങ്കാരം വിശേഷമസ്തമിച്ച സ്ഥിതിക്ക് പേരു ഭക്തി ഭക്യാ അനന്യ ശക് അഹമേവം വിധോർജുന ജ്ഞാത്തും ദ്രഷ്ടും ചത്വേന പ്രവേഷ്ടും ചരന്തപ ഭഗവാൻ ഭഗവത്ഗീതയിൽ പതിനൊന്നാമത്തെ അധ്യായത്തിൽ വിശ്വരൂപം കാണിച്ചു കൊടുത്തിട്ട് അർജുനനോട് പറഞ്ഞു അർജുന വേദം കൊണ്ടോ യജ്ഞം കൊണ്ടോ തപസ്സുകൊണ്ടോ ദാനം കൊണ്ടോ എന്നെ കാണാൻ സാധ്യമല്ല കാരണം വേദം പഠിക്കുമ്പോൾ ഞാൻ പഠിക്കുന്നു അവിടെ ഉണ്ടാവും തപസ് ചെയ്യുമ്പോ ഞാൻ തപസ് ചെയ്യണു അതവിടെ ഉണ്ടാവും ദാനം കൊടുക്കുമ്പോ എങ്ങനെ കൊടുക്കും ചിലപ്പോൾ ചിലർക്ക് കൊടുക്കും അല്ലേ ഒരു ഉറുപ്യ ഭിക്ഷക്കാരന് കൊടുക്കാൻ ധാരാളം വയ്ക്കും അപ്പോ ഒരു കണ്ണിലാത്തവൻ വന്നാൽ ഒരു റുപ്യ കാത് കേക്കാത്തവൻ ഒരു റുപ്യ ചെവി വർത്തമാനം പറയാൻ വയ്യാത്ത ആൾക്കോ ഒരു റുപ്യ നടക്കാൻ വയ്യാത്ത ആൾ ഒരു റുപ്യ എല്ലാവർക്കും കൊടുക്കും പക്ഷെ ഈ വാങ്ങിച്ചവൻ രണ്ടാമത് വന്നാലോ തനിക്കിപ്പോഴല്ലേ ഞാൻ തന്നതോ എന്ന് പറയും ധർമ്മത്തിലാണ് അഹങ്കാരം കിടക്കുന്നത് അധർമ്മത്തിലല്ല അഹങ്കാരം എപ്പോഴും ധർമ്മത്തിൽ ഒളിഞ്ഞിരിക്കും രണ്ടാമത് വരുമ്പോ അപ്പോ അപ്പൊ അറിയാം നമ്മൾക്ക് നമുക്ക് ദാനം കൊടുക്കുമ്പോ അഹങ്കാരം ഉണ്ടോ എന്ന് അറിയില്ല രണ്ടാമത് ദാനം വാങ്ങിക്കാൻ വരുമ്പോ എത്ര കണ്ട് നമ്മളുടെ ഉള്ളിൽ ഡ്യൂവർഷിപ്പ് ഉണ്ട് എന്ന് നമുക്കറിയാം രണ്ടാമത് അതേ ആണ് വന്നാൽ ഇപ്പഴല്ലേ തനിക്ക് തന്നത് നമ്മൾ ഈശ്വരന്റെ അടുത്ത് എത്ര പ്രാവശ്യം പോകുന്നു ഭഗവാൻ എപ്പോഴെങ്കിലും തനിക്ക് രണ്ടാമത്തെ പ്രാവശ്യം വരാൻ പാടില്ല എന്ന് ഭഗവാൻ പറയണ്ടോ പരീക്ഷയിൽ പാസാവാൻ ജോലി കിട്ടാൻ കല്യാണം കഴിയാൻ കല്യാണം കഴിഞ്ഞ് കുട്ടി ഉണ്ടാവാൻ ആ കുട്ടിക്ക് കല്യാണം കഴിയാം പേരെ എത്ര പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം ഭഗവാൻ എന്ന് പറഞ്ഞാലോ എന്തിനാ പിന്നെയും വന്നും ചോദിക്കില്ല അപ്പൊ ഭഗവാനും ഭക്തി ഉണ്ട് വിഭക്തി ഇല്ല ഭഗവാനും ഭക്തനാണ് ഭഗവാനെ പോലെ ആകുന്നവനാണ് ഭക്തൻ ഭഗവാനും ഭക്തനാണ് ഭഗവാനെ പോലെ ആവുന്നവനും ഭക്തനാണ് ഭാഗവതത്തിൽ ഭഗവാൻ പറയുന്നു സാധവോ ഹൃദയം മഹ്യം സാധൂനാം ഹൃദയം തു അഹം ഹൃദയം ഹൃദയം എന്ന് പറയണമല്ലോ ഹൃദയം എവിടെയാ ഉള്ളത് തെരഞ്ഞാൽ കിട്ടുമോ ഓപ്പറേഷൻ ചെയ്താൽ ഈ ഭക്തി ഉണ്ടാവുന്ന ഹൃദയത്തിനെ കണ്ടുപിടിക്കാൻ പറ്റുമോ ബ്ലഡ് പമ്പിംഗ് ഹാർട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഈ ഭക്തി ഉണ്ടാവുന്ന ഹൃദയത്തിനെ ഒരു ഓപ്പറേഷൻ ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ ഒരു സർജറി കൊണ്ട് ഇല്ല പിന്നെ ഹൃദയം എങ്ങനെ കണ്ടുപിടിക്കും പ്രേമം ഉണ്ടാകുമ്പോ ഭഗവാനെ ചിന്തിച്ച് ദ്രവിക്കുമ്പോ ഉരുകുമ്പോ വെൻ യു മെൽട്ട് യു ഫീൽ എ സെന്റർ വിത്തിൻ യു വേർ ദാറ്റ് മെൽട്ടിംഗ് ഈസ് ടേക്കിൻ പ്ലേസ് അല്ലെ ആ ദ്രവം ആ ദ്രവിക്കുന്ന ഭാവം ഉണ്ടാവുന്ന ഒരു സെന്റർ ആ സെന്ററിനെ നമ്മൾ എന്തു പറയണു ഹൃദയം എന്ന് പറയണു അത് ആ അനുഭവം മാത്രമേ ആ സെന്ററുള്ളൂ ആ അനുഭവം ആ സെന്ററും പോയി അപ്പൊ ഭഗവാൻ ഭാഗവതത്തിൽ പറയുന്നു എന്റെ ഉള്ളിൽ എപ്പോഴും അങ്ങനെ ഒരു സെന്ററുണ്ട് അവിടെ ഞാനും ഉരുകിക്കൊണ്ടേയിരിക്കുന്നു ആരെ ചിന്തിച്ച് ഭക്തനെ ചിന്തിച്ച് എന്റെ ഹൃദയത്തിൽ ഭക്തൻ ഭക്തന്റെ ഹൃദയത്തിൽ ഞാൻ അപ്പൊ ഭഗവാനും ഭക്തനാണ് ആ ഭക്തി ഉള്ള സ്ഥലത്ത് വിഭക്തിയില്ല ഒരമ്മ കുട്ടി എത്ര പ്രാവശ്യം പോയി ചോദിച്ചാലും രണ്ടാമത് പോയാൽ ദേഷ്യപ്പെടുന്നില്ല അമ്മയ്ക്ക് വിഭക്തിയില്ല ഭക്തി പ്രിയം കുട്ടിയെ സംബന്ധിച്ച് വേറെ അടുത്ത വിട്ടത്തെ കുട്ടിയോട് വിഭക്തി ഉണ്ടാവും തന്റെ കുട്ടിയെ സംബന്ധിച്ച് അല്ലെ അപ്പോ ഭക്തി എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല തന്റെ വ്യക്തിത്വം തന്റെ അഹങ്കാരം തന്റെ ജീവബോധം നിശേഷം അസ്തമിച്ച് ഉള്ള സ്ഥിതി തന്നെയാണ് ഭക്തി ആ ഭക്തി കൊണ്ടുവേണം ഭഗവാനെ പിടിച്ചു കെട്ടാൻ ഭക്തിയാവുന്ന പട്ടുനൂല് കൊണ്ടുവേണം ഈശ്വരനെ നമ്മളുടെ വശത്ത് കൊണ്ടുവരാൻ അപ്പോ ആ ഭക്തിക്കാണ് പ്രോജ്ജിതകൈതമഹാം ധർമ്മ പ്രോജ്ജിതകൈതവോത്രപരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാത്സദ്യമുള്ളവർക്ക് കിട്ടില്ല യാതൊരു കോമ്പറ്റീഷനും ഇത് വേദ്യം നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവം അത്ര വസ്തു ശിവതം ഒരു വസ്തു കിട്ടും അത് മനുഷ്യനുമല്ല സ്ത്രീയുമല്ല പുരുഷനുമല്ല ഒരു വസ്തു നിങ്ങളുടെ ഉള്ളിൽ പ്രകാശിക്കും അതെന്താണ് ശിവദം പരമമായ മംഗളത്തിന് ശാന്തിയെ പൂർണ്ണത്വത്തിനെ നമുക്ക് ഉണ്ടാക്കും ആ വസ്തു എങ്ങനെ കിട്ടും നമുക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റിൻ എന്താണ് ഹൗ ഹൗ വിൽ ഐ ഗെറ്റ് ഇറ്റ് അടുത്ത ചോദ്യമാണ് അതിനുത്തരം പറയാണ് നിങ്ങൾ ഒന്നും ചെയ്താൽ അത് കിട്ടില്ല ചെയ്യാതിരുന്നാൽ കിട്ടും ചെയ്യുന്നത് കിട്ടില്ല ചെയ്യുന്നത് കിട്ടുന്നത് കൂലിയാണ് ഇതിപ്പോ കിട്ടാനുള്ളതല്ല നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ തന്നെ ഉള്ളതാണ് അത് ബോധിപ്പിക്കാൻ ഒരു ആചാര്യനെ നിങ്ങൾക്ക് കിട്ടുമ്പോ അത് കേൾക്കുമ്പോ അത് കിട്ടും ശുശ്രൂഷി തണാത് കേൾക്കുന്ന ക്ഷണം മുതൽ യു വിൽ സ്റ്റാർട്ട് എക്സ്പീരിയൻസ് ദിസ് മൊമെന്റ് നെക്സ്റ്റ് മൊമെന്റ് നെക്സ്റ്റ് മൊമെന്റ് നെക്സ്റ്റ് മൊമെന്റ് ദ മൊമെന്റ് യു ഫാർ യു വിൽ ലൂസ് മറന്നാൽ പോയി കേൾക്കുന്നു കേൾക്കുന്ന ക്ഷണത്തിൽ അതുണ്ട് കേൾക്കും അതാണ് സത്സംഗത്തിന് അത്രയധികം ഇമ്പോർട്ടൻസ് സത്സംഗത്തിൽ എന്ത് സംഭവിക്കുന്നു സത്സംഗത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണു ഒന്നും ചെയ്യണില്ല അല്ലെ ജപിക്കുമ്പോഴോ ചെയ്യുന്നുണ്ട് ജപം ചെയ്യുന്നു പൂജിക്കുമ്പോ പൂജ ചെയ്യുന്നു ധ്യാനിക്കുമ്പോ ഞാൻ ധ്യാനിക്കുന്നു സത്സംഗത്തിലോ ഒന്നുമില്ല ഇരിക്കണു അത്രയുള്ളൂ ഐ എം നോട്ട് ഡൂയിങ് എനിത്തിങ് ഡൂവർ ഇസ് നോട്ട് ഓപ്പറേറ്റിംഗ് ഉള്ളില് ഉണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ പുറപ്പെടുവായിരിക്കാം പക്ഷെ സത്സംഗത്തിൽ ഇരിക്കുന്ന ആ ഒരു ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂർ സമയത്തിലേക്ക് ഞാനൊന്നും ചെയ്യണില്ല ഇരുന്നു കൊടുക്കണം അപ്പൊ എന്തോ ഉള്ളിലേക്ക് ചെവി വഴിക്ക് ഇങ്ങനെ വരുന്നു ഏറ്റവും സൂക്ഷ്മമായ ഇന്ദ്രിയ കേൾക്കൽ നമ്മളൊക്കെ പലരും പറയും കേട്ടാ മാത്രം പോരാ എന്തെങ്കിലുമൊക്കെ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യണം എന്ന് പറയും സ്പിരിച്വൽ ലൈഫില് അതൊന്ന് തിരിച്ചിടയാണോ വേണ്ടത് വെറുതെ പ്രാക്ടിക്കലായിട്ട് ചെയ്താൽ മാത്രം പോരാ കേൾക്കണം എന്നാണ് എന്താന്ന് വെച്ചാൽ കൈ കാലുകൊണ്ടും ചെയ്യുന്നത് വളരെ ഗ്രോസ് ലെവലിലുള്ളതാണ് അത് കർമ്മേന്ദ്രിയ പ്രവൃത്തിയാണ് ജ്ഞാനേന്ദ്രിയ പ്രവൃത്തിയിൽ ഏറ്റവും സ്ഥൂലം ഗ്രോസാണ് മണക്കുക മണ്ണിന്റെ സ്വഭാവം അതുകൊണ്ട് മൃഗങ്ങളൊക്കെ എപ്പോഴും മണത്തുകൊണ്ടേ നടക്കും ചില മനുഷ്യരുണ്ട് എന്ത് തിന്നണ ഇതുകൊണ്ട് എടുത്തു മണത്ത് നോക്കും പൂർവവാസന മണക്കുക രണ്ടാമത്തതാണ് രുചി രുചി നാവ് മനുഷ്യനിൽ ഈ ഗ്രാണേന്ദ്രിയത്തിന്റെ പ്രവർത്തനം വളരെ കുറവാണ് മൃഗങ്ങളെ അപേക്ഷിച്ച് മൃഗങ്ങൾ മൂക്കിനെ വെച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് എന്തു മണത്ത് കണ്ടുപിടിക്കും എന്തു യജമാനനെ കണ്ടെത്തുന്നതും അവർ നടന്നു വരുന്ന വഴിയും മണം വെച്ചുകൊണ്ടാണ് മനുഷ്യനിൽ വരുമ്പോ മൂക്ക് അല്പം ബലം കുറയും നാവിന് ബലം കൂടും അടുത്തത് നാവ് കുറച്ചുകൂടെ അതിനേക്കാളും സൂക്ഷ്മം കണ്ണ് അതിനേക്കാൾ സൂക്ഷ്മം സ്പർശേന്ദ്രിയം ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ഇന്ദ്രിയ വ്യാപാരമാണ് ഈ ശ്രവണം ചെവി ആകാശത്തിന്റെ ഗുണമാണ് അതുകൊണ്ട് നമ്മൾ വളരെ സത്യത്തിന്റെ വളരെ അടുത്ത് എത്തുന്നത് എങ്കിൽ എടുത്ത എത്താൻ നല്ല മെത്തേഡും ഉണ്ടെങ്കിൽ സട്ടിലസ്റ്റ് മെത്തേഡ് ദാറ്റ് ഈസ് പോസിബിൾ ഇസ് ത്രൂ ലിസണിംഗ് ശ്രവണം ശ്രവണം ശ്രവിക്കുമ്പോ എങ്ങനെ ശ്രവിക്കണം ശ്രവിച്ചാൽ മാത്രം മതിയോ മനസ്സിലാവേണ്ടേ മനസ്സിലാവാതെ ശ്രവിക്കുക മനസ്സ് വേണ്ട ശ്രവണത്തിന് പുറകിൽ ഹൃദയം വെച്ചുകൊണ്ട് കേൾക്കുക ചെവിയിൽ നിന്നും നേരെ ഹൃദയത്തിലേക്ക് പോവട്ടെ അങ്ങനെ കേൾക്കുക അതുകൊണ്ടാണ് ശ്രവണം കൊണ്ടുള്ള ജ്ഞാനത്തിന് വളരെ ബലം ശുശ്രൂഷിബിഹി തക്ഷണാത്ത് ഒരു ഗുരുവിന്റെ അടുത്ത് ഒരു ശിഷ്യനെത്തുന്നു ഗുരു ഒരേ വാക്ക് ഉപദേശം കഴിഞ്ഞു നല്ല പക്വമാണെങ്കിൽ മൂന്ന് തരത്തിലാളുകളുണ്ടാവും ഒന്ന് കർപ്പൂരം പോലെ ഒന്ന് വിറക് പോലെ ഒന്ന് വാഴപ്പിണ്ടി പോലെ കർപ്പൂരം തീയിലിട്ടാൽ ഒരു ക്ഷണം അത് സ്വയമേവ തീയായിട്ട് തീർന്ന് അസ്തമിച്ചു പോകും വിറക് ചിലപ്പോൾ കുറെ നേരം ഉണക്കി ചൂടുപിടിപ്പിച്ച് എന്നിട്ട് തീയിൽ വെച്ചാൽ പതുക്കെ പിടിച്ച് കുറച്ചു നേരം കത്തും വാഴപ്പിണ്ടിയാണെങ്കിലോ പിടിക്കില്ല അതുപോലെയാണ് നമ്മളുടെയും ശ്രവണം നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലർക്ക് കർപ്പൂരം പോലെ കേൾക്കുമ്പോൾ തന്നെ അനുഭവം ഇതൊക്കെ പ്രിപ്പറേഷനാണ് നമുക്ക് അത് വളരെ പ്രധാനം അങ്ങനെ കേൾക്കുകയാണെങ്കിൽ ശുശ്രൂഷി വേറെ ഒരു സാധനയും വേണ്ടാതാണ് ജപം ചെയ്യൽ ധ്യാനം ചെയ്യൽ പൂജ ചെയ്യൽ ഇതൊക്കെ എന്തിനാ അതൊക്കെ നമ്മളെ ശ്രവണത്തിന് പക്വമാക്കുന്നു ശ്രവണത്തിന് പക്വമാക്കുന്നു എല്ലാ സാധനയും കഴിഞ്ഞാൽ ഭാഗവതം തന്നെ പറയുന്നു നിങ്ങൾക്ക് ശ്രവിക്കാൻ സാധിച്ചാൽ ശരിയായ ഒരു ആചാര്യനിൽ നിന്നും ഈ സത്യം നമുക്ക് കേൾക്കാൻ കഴിയുകയാണെങ്കിൽ കേൾക്കുമ്പോ തന്നെ അനുഭവം അപ്പൊ നമുക്ക് എപ്പോഴും പ്രഭാഷണമൊക്കെ കേൾക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ആദ്യമൊക്കെ കേട്ടാൽ മതി കുറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രഭാഷണമൊന്നും കേൾക്കേണ്ട യു വിൽ ലിസൺ ഇവൻ ടു ദ സൈലൻസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിരന്തരമുള്ള ഭഗവാന്റെ ഉപദേശത്തിനെ നിങ്ങൾ ശ്രവിച്ചു തുടങ്ങും അപ്പൊ പുറമേക്കുള്ള ശ്രവണം വേണമെന്നില്ല കുറച്ചു കഴിയുമ്പോൾ ശ്രവണം വളരെ സൂക്ഷ്മമായിട്ട് തീരും നമ്മള് നമ്മളുടെ ഉള്ളിൽ തന്നെ ശ്രവണം ചെയ്തു തുടങ്ങും ഉള്ളിൽ തന്നെ മനനം ചെയ്തു തുടങ്ങും ഉള്ളിൽ തന്നെ നിധിധ്യാസനം ചെയ്തു തുടങ്ങും ശ്രവണം മനനം നിധിധ്യാസൻ അപ്പോ ഈ പരമാത്മവസ്തു ഈ ബ്രഹ്മം അഥവാ ഭഗവാൻ ഈ ഭഗവാനെ നമുക്ക് അറിയണം അനുഭവിക്കണമെങ്കിൽ ഈ ശാസ്ത്രം പോലെ മറ്റൊരു ഗ്രന്ഥം ഇല്ല ഭാഗവതത്തിൽ എന്തു പഠിപ്പിക്കുന്നു ഒന്നും പഠിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് പരമസത്യത്തിനെ പച്ചയ്ക്ക് പറഞ്ഞു തരുന്നു കേൾക്കുന്ന ക്ഷണം മുതൽ പക്വമാണോ അനുഭവിച്ചു തുടങ്ങാം അനുഭവിച്ചു തുടങ്ങാം ഈ ഭാഗവതത്തിൽ ആദ്യത്തെ സ്കന്ധം വൈരാഗ്യപ്രധാനമാണ് വിരക്തി നമുക്കറിയാം പരീക്ഷത്തിനെ പത്താമത്തെ ഏഴാമത്തെ ദിവസം പാമ്പ് കടിക്കാൻ പോകുന്നു തക്ഷക ദംശം അത് തന്റെ മുമ്പിൽ കാണുന്ന പരീക്ഷത്താണ് അവിടെ സുഖബ്രഹ്മ മഹർഷി ഇല്ല ആദ്യത്തെ സ്കന്ധത്തിൽ സുഖബ്രഹ്മ മഹർഷി അവസാനം വയ രണ്ടാമത്തെ സ്കന്ധത്തിലാണ് ഉപദേശം കാരണം എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ പ്രിപ്പറേഷൻ ആയ ശേഷമേ ഗുരു വരികയുള്ളൂ ഗുരു വന്നിട്ട് നമ്മളെ പ്രിപ്പയർ ചെയ്യല്ല നമ്മളുടെ ഉള്ളിൽ അതിതീവ്രമായ വിരക്തി വിരക്തി എന്ന് വെച്ചാൽ വിവേകം ഉദിക്കുന്നത് ഉണ്ടാവുന്നതാണ് വൈരാഗ്യം വിവേകം ഉദിക്കുക വിവേകം ഉദിച്ചുകൊണ്ട് നമ്മൾ ലോകത്തിൽ ജീവിക്കുന്നു സർവത്ര ലോകത്തിൽ എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ കാണുന്നു എല്ലാം നശ്വരം മൃത്യുഗ്രസ്തം സകലതും മരണം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ നമ്മളുടെ മുമ്പിൽ കാണുന്നു ഇൻക്ലൂഡിംഗ് അവർ ഓൺ ബോഡി നമ്മളുടെ ശരീരം തന്നെ മരണം വിഴുങ്ങാൻ പോകുന്നു എന്നുള്ള സത്യം നമ്മൾ കാണുന്നു ഇത് കാണുമ്പോ ആദ്യം ഒരു പേടിയുണ്ടാവും ആ ഭയം ക്രമേണ മരണത്തിനെ അതിജീവിക്കാൻ വല്ല വഴിയുണ്ടോ എന്നുള്ള ചോദ്യമായിട്ട് തീരും ഈ ശരീരത്തിനെ മൃത്യു കൊണ്ടുപോകും ആർക്കും ഇതുവരെ തടുക്കാൻ സാധിച്ചിട്ടില്ല എല്ലാവർക്കും മൃത്യു കൊണ്ടുപോകും ശരീരത്തിന് ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ ഗുരുവായ ഒരു യോഗി നടന്ന സംഭവമാണ് ആ ഗുരുവിന്റെ അടുത്ത് ചെന്ന് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു സ്വാമി എനിക്ക് എന്റെ അമ്മയുണ്ട് അമ്മയ്ക്ക് എഴുപതെഴുപത്തഞ്ച് വയസ്സായി എനിക്ക് അമ്മയോട് വളരെയധികം അറ്റാച്ച്മെന്റുണ്ട് എന്റെ അമ്മ ഒരു പതിനഞ്ച് വർഷം കൂടെ ജീവിച്ച് കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഒരു പതിനഞ്ച് വർഷം കൂടെ എന്റെ അമ്മ ജീവിച്ച് കാണണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട് അങ്ങ് അനുഗ്രഹിക്കണം അങ്ങയ്ക്ക് അതിനുള്ള ശക്തി ഉണ്ടോ എന്നറിയാൻ അനുഗ്രഹിക്കണം ഗുരു പറഞ്ഞു ആട്ടെ ഞാൻ അനുഗ്രഹിക്കാം അമ്മ പതിനഞ്ച് വർഷം ജീവിക്കണം അനുഗ്രഹിക്കാം പക്ഷെ തന്റെ കാര്യമോ വാട്ട് അബൌട്ട് യു അമ്മയുടെ കാര്യം ചിന്തിച്ചാണ് തന്റെ കാര്യം ചിന്തിച്ചതേയില്ല തനിക്ക് ഹി ഹാസ് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ദു വിൽ ലിവ് പക്ഷെ അമ്മ മരിക്കും എന്ന് തോന്നി താൻ എന്ന് തോന്നിയില്ല എന്തുകൊണ്ട് തോന്നിയില്ല ആ മനുഷ്യൻ സ്വയം മനനം ചെയ്ത് നോക്കി അമ്മ ദൃശ്യവസ്തു തന്റെ മുമ്പിൽ കാണുന്നു അമ്മ മറയും എന്നറിയാം പക്ഷെ തന്റെ മരണത്തിനെക്കുറിച്ച് ഒരു ചെറിയ ചിന്ത പോലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉദിച്ചില്ല കാരണം എന്താന്ന് വെച്ചാൽ അയാളുടെ ഉള്ളിൽ ഉള്ള വസ്തു മരണമില്ലാത്തതാണ് എന്നൊരു അമൃതാനുഭവം എല്ലാവരുടെ ഉള്ളിലുമുണ്ട് ശ്രദ്ധ ശരീരത്തിൽ നിന്നും സ്വരൂപത്തിലേക്ക് തിരിഞ്ഞു തന്നിലേക്ക് തിരിഞ്ഞപ്പോൾ തനിക്ക് മരണമില്ലാത്തതാണെന്നുള്ള അനുഭവമുള്ളതുകൊണ്ട് ആ അനുഭവത്തിനെ ശരീരത്തിൽ വെച്ചുകൊണ്ടാണ് തന്റെ മരണത്തിനെ ചിന്തിക്കാത്തത് ജ്ഞാനവും അജ്ഞാനവും നമ്മളിൽ തന്നെ ഉണ്ട് പക്ഷെ അമ്മ കാണുന്ന ആളായതുകൊണ്ട് അമ്മ മരിച്ചു പോകും എന്നുള്ള പേടിയുണ്ടായി കാണപ്പെടുന്നതൊക്കെ നശിക്കുമെന്നുള്ള ഒരു വിവേകം ഉള്ളതുകൊണ്ട് അപ്പൊ അമ്മ മരിക്കാതിരിക്കണമെന്ന് അന്വേഷിച്ച ആള് തന്റെ നേരെ തിരിഞ്ഞു ഒരു രണ്ടു മൂന്ന് മണിക്കൂർ നേരം ആഴമായ ധ്യാനത്തിൽ ഇരുന്നു തന്റെ നേരെ ശ്രദ്ധ തിരിഞ്ഞപ്പോ അപ്പോ ആദ്യം മൃത്യുവിനെ കാണണം മരണത്തിനെ കണ്ടാലേ മരണമില്ലാത്ത വസ്തുവിനെ കാണാൻ ഒക്കുകയുള്ളൂ ലോകത്തിൽ സർവത്ര മരണമുണ്ടെന്ന് കാണുന്നു ആ കാണുന്ന കാഴ്ച കൊണ്ട് തന്നെ നമുക്ക് അസത്തിനോടുള്ള പിടിവിട്ടുപോകും ഈ മരിച്ചു വസ്തുക്കളെ വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും എനിക്ക് എന്റെ ശരീരം തന്നെ ശാശ്വതമല്ല എന്ന് കാണുമ്പോൾ ശരീരത്തിനോട് തന്നെ പിടിവിട്ടുപോകും അപ്പോ നമ്മളുടെ ഉള്ളിൽ മരണസ്പർശമില്ലാത്ത അമൃതമായ ആത്മവസ്തു സ്വയമേവ പ്രകാശിക്കും അതിനുള്ള ഒരു മുന്നോടിയാണ് ആദ്യത്തെ അധ്യായം പരീക്ഷിത്തിന് മരണത്തിനെ കാണുന്നു പരീക്ഷിത് സർവം ഉപേക്ഷിച്ചു എന്ത് രാജ്യം എന്ത് സമ്പദ് സമൃദ്ധികൾ ഇതൊക്കെ തന്നെ ഒരു ബ്രാഹ്മണക്കുട്ടി വായിയിൽ നാവ് പുറത്തെടുത്ത് ഇട്ടപ്പോ ഒക്കെ പോയി ഈ രാജ്യം സമൃദ്ധിയൊക്കെ എന്തിനു കൊള്ളാം എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം ഗംഗാതീരത്തിൽ വന്നിരുന്നു അപ്പോഴാണ് അനേകം ഋഷീശ്വരന്മാർ വന്നത് അവരാരും ഉപദേശിച്ചില്ല പരീക്ഷിത്ന ഒരാചാര്യബ്രഹ്മർ തഗവാൻ വ്യാസപുത്രോ യദൃച്ഛയാ ഗാമമാനോ അനവേക്ഷ അലക്ഷ്യലിംഗോ നിജലാവതുഷ്ട വൃതശ്ചാള അവധൂതവേഷ അപാരകരുണാമൂർത്തിയാഗബ്രഹ്മമഹർഷി തന്റെ അനുഭവത്തിനെ പരയാണായ വടത്തിയസ്വാനുഭാവം അഖിലശ്രുതിസാരം ഏകം അധ്യാത്മദീപം അതിഥിതീർഷന്ധം സംസാരിണ കരുണയാഹ പുരാണഗുഹ്യന്തം വ്യാസസൂനും ഉപയാമി ഗുരുമുനീന അവിടെ ആ ഗുരു മുനിമാർക്കൊക്കെ ഗുരുവായിട്ടുള്ള ശുഭബ്രഹ്മഹർഷി അവിടെ എത്തി ഭഗവാൻ വ്യാസപുത്ര എന്തിനാ തന്റെ അപാര കാരുണ്യത്താൽ തനിക്കുള്ള അനുഭവത്തിനെ ഈ സ്വാനുഭാവം അഖിലശ്രുതി സാരം ഉപനിഷത്തുകളുടെയും വേദത്തിന്റെയും ഒക്കെ സാരമായിട്ടുള്ളത് ഈ സംസാരത്തിനെ തരണം ചെയ്യണം എന്ന് നിശ്ചയിച്ചിട്ടുള്ള ഒരു മുമുക്ഷുവിന് ഉപദേശിക്കാനായിക്കൊണ്ട് അവിടെ എത്തി രണ്ടാമത്തെ സ്കന്ധം മുതൽ ഭാഗവതം ആരംഭം രണ്ടാമത്തെ സ്കന്ധത്തിൽ ഭാഗവതമാവുന്ന വലിയ വൃക്ഷത്തിന് വിത്ത് ഭാഗി മൂന്നാമത്തെ സ്കന്ധത്തിൽ തടി വെച്ചു നാലാമത്തെ സ്കന്ധത്തിൽ കൊമ്പുകൾ വന്നു അഞ്ചാമത്തെ സ്കന്ധത്തിൽ പതുക്കെ പതുക്കെ ചില്ലകളുണ്ടായി ഇങ്ങനെ വളർന്ന് വളർന്ന് വളർന്ന് പത്താമത്തെ സ്കന്ധം എത്തിയപ്പോ പൂത്ത് ധാരാളം കായകളുണ്ടായി ഈ പതിനൊന്നാമത്തെ സ്കന്ധത്തില് പഴുത്തു പഴം പഴം പഴുത്തു നിഗമകൽപ്പതരോർ ഗളിതം ഫലം ശുഖമുഖാത് അമൃതദ്രവ സംയുതം പിപത പിബത പിപത ഭാഗവതം ിഭാവു കാഹ നിഗമകൽപ്പതരോർഗളിതം ഫലം വേദമാവുന്ന വൃക്ഷം അവിടെ പഴുത്തു നിൽക്കുന്ന പഴം ആ പഴം കൊണ്ടുവന്ന് ശുഖബ്രഹ്മമഹർഷി വിസ്തരിച്ചു വയ്ക്കുകയാണ് ഈ ഏകാദശ സ്കന്ധത്തിൽ വാങ്ങിക്കാൻ ആളുകൾ വേണമല്ലോ അല്ലെ ഭാഗവത സപ്താഹത്തിലൊക്കെ പത്താമത്തെ സ്കന്ധത്തോടെ കഴിയും ശുഗബ്രഹ്മ മഹർഷി തന്നെ വിഷമിക്കുന്നുണ്ടാവും ചിലപ്പോൾ തമിഴിലെ രാമലിംഗ സ്വാമികൾ എന്ന് പറഞ്ഞൊരു മഹാത്മാവ് ഉണ്ടായിരുന്നു അദ്ദേഹം അവസാന കാലത്ത് പറഞ്ഞു കടയിരന്തേൻ കൊള്ളുവാറില്ല എന്നാണ് ഞാൻ വലിയ കട കട തുറന്നു വെച്ചു ആളുകൾക്ക് ഫ്രീ ആയിട്ട് സാധനം കൊടുക്കണ കട കാശ് കൊടുത്ത് വാങ്ങേണ്ട കടയല്ല പക്ഷെ വാങ്ങിക്കാൻ ആളില്ല എന്നാണ് കടൈതിരന്തേൻ കൊള്ളുവാറില്ല എന്നാണ് ഇതെല്ലാ മഹാത്മാക്കളുടെയും സങ്കടാവസ്ഥയാണ് ുഖാവസ്ഥയാണ് അപ്പോ ഏകാദശ സ്കന്ധത്തിലും ശ്രീസുഖബ്രഹ്മ മഹർഷി അങ്ങനെ വിസ്തരിച്ച് തന്റെ അനുഭവത്തിനെ സ്വാനുഭാവം അഖിലശ്രുതിസാരത്തിനെ തുറന്നുവെച്ചു ഏകാദശ സ്കന്ധം മുക്തിസ്കന്ധം എന്നാണ് പേര് മുക്തി എന്ന് വെച്ചാൽ അപ്പൊ തന്നെ നമ്മൾ പേടിച്ചു പോകൂലേ അതിനൊന്നും ആയിട്ടില്ല ഇപ്പോഴേ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ ചിലർക്ക് ഇപ്പോഴേ പേരക്കുട്ടി ആയിട്ടുള്ളൂ ഇപ്പൊ തന്നെ മുക്തി എന്ന് വെച്ചാലോ മുക്തി എന്ന് വെച്ചാൽ നമുക്ക് ഉടനെ പേടിയാണോ മരിച്ചുപോയിക്കളയോ മുക്തി എന്ന് വെച്ചാൽ സ്വരൂ മുക്തി വാക്കിന് തന്നെ അർത്ഥം എന്താ സ്വാതന്ത്ര്യം അത്രയേ ഉള്ളൂ ശരീരത്തിൽ ഇരിക്കുമ്പോ തന്നെ സ്വാതന്ത്ര്യം ഭക്തി തന്നെയാണോ മുക്തി ഭാഗവതത്തിന്റെ അർത്ഥത്തിൽ ഭക്തി തന്നെ മുക്തി ഭക്തി ശരീരത്തിൽ ഉള്ളപ്പോൾ ഭക്തി ഉണ്ടോ മുക്തി ശങ്കരാചാര്യസ്വാമികൾ ശിവാനന്ദ ലഹരി എന്ന് നൂറ് ശ്ലോകം എഴുതിയിട്ടുണ്ട് അതാണ് ഇനിയിപ്പോ ഇത് കഴിഞ്ഞാൽ ഏറ്റുമാനൂരിൽ പ്രഭാഷണം അതില് ശങ്കരാചാര്യസ്വാമികൾ പറയുന്നു ഒരു ഭക്തൻ രാവിലെ പ്രഭാതത്തിൽ ഉറങ്ങി എഴുന്നേൽക്കുമ്പോ തന്നെ ഭഗവാന് സുപ്രഭാതം പാടുന്നു ധ്യാനിക്കുന്നു ജപിക്കുന്നു സ്തോത്രങ്ങൾ ചൊല്ലുന്നു ധ്യാനം ചെയ്യുന്നു ഭഗവത് കഥകൾ പറയുന്നു ഭഗവത് ജ്ഞാനവിചാരം ചെയ്യുന്നു ഇങ്ങനെ രാത്രി വരെ ഭഗവത്പരമായിട്ട് ജീവിക്കുന്ന ഒരു ഭക്തനുണ്ടല്ലോ അവൻ മുക്തനാണെന്ന് കഞ്ചിത് കാല മുമാമഹേഷത പാദാരവിന്ദാർച്ചനൈ കഞ്ചിത് ധ്യാനസമാതി കഞ്ചിത് കഥാകർണനൈ കഞ്ചിത് കഞ്ചിദവേക്ഷണൈശ്ച നിദ് ദശാമീദൃശീം യഹാപ്നോതി മുദാ ർപ്പിതമനോ ജീവൻ स मुक्त आजीव मुक्तन सदा भक्ति रमच बंधमेवें भक्ति मुक्ति वे मुक्तिस्कंधम ऐकादशति पाते स्कंधति पेर कह इवे ज्ञान वि ज्ञानमे वि ज्ञान मुक्ति ज्ञान मुक्ति ഈ ഏകാദശ സ്കന്ധത്തിൽ രണ്ടു ഭാഗം ആദ്യത്തെ ഭാഗം നവയോഗി നിമി നവയോഗി സംവാദം രണ്ടാമത്തെ ഭാഗം ഉദ്ധവർക്ക് പരമഭക്തനായ ഉദ്ധവർക്ക് ഭഗവാൻ തത്വോപദേശം ചെയ്യുന്ന ഭാഗം ഏകാദശ സ്കന്ധം ആരംഭിക്കുന്നത് ഒരു ശാപത്തിന്റെ കഥയോടുകൂടിയാണ് ദ്വാരകയിലേക്ക് ഋഷികളൊക്കെ വരുന്നു അവരെ അവരെ പരീക്ഷിക്കാനായിട്ട് ഈ യാദവ പയ്യന്മാർ യുവാക്കൾ അവര് വഴിപേഴിച്ചുപോയി എന്നുവെച്ചാൽ നമ്മൾ നമ്മളുടെ കുടുംബത്തിനെ കുറിച്ച് ആലോചിച്ചൊന്നും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു ഗുരുവായൂരപ്പൻ നമ്മളെ ഒരു നാടകം കാണിച്ചു എന്റെ കുടുംബം ഇതുപോലെ തന്നെ കേട്ടോ അപ്പൊ നമ്മളൊന്നും വിഷമിക്കില്ലല്ലോ യാദവ യുവാക്കള് എന്നുവെച്ചാൽ അവരെയും സംഹരിക്കണം അതിന് ഭഗവാൻ ഒരു വഴി കണ്ടു എന്താ അവർക്ക് കുസൃതി തോന്നി കുസൃതിയല്ല ഒരു തരത്തിലും പറഞ്ഞാൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സിനിസിസം എന്ന് പറയണം മഹാത്മാക്കളെ കളിയാക്കുക വലിയവരെ പരിഹസിക്കുക ഋഷീശ്വരന്മാർ ആരൊക്കെ അത്ര വശിഷ്ഠൻ ദുർവാസസ് ഭൃഗു ഇങ്ങനെയുള്ള അനേക മഹാത്മാക്കൾ അഖണ്ഡാനന്ദ സ്വാമി ഈ ഓരോ മഹാത്മാക്കളുടെ പേരിനും അധ്യാത്മപരമായ അർത്ഥം പറയുന്നു എല്ലാവരും ജ്ഞാനികളാണെന്ന് കാണിക്കാനായിട്ട് ഈ മഹാത്മാക്കൾ ഭഗവാനെ കാണാനായിട്ട് ദ്വാരകയിലേക്ക് വരുമ്പോ ഈ ഭഗവാന്റെ യാദവംശത്തിലുള്ള യുവാക്കള് അതിൽ ഒരു പയ്യൻ യങ്സ്റ്റേഴ്സ് അല്ലെ യൂത്ത് യുവ എന്നുള്ള പദത്തിൽ നിന്നാണ് യൂത്ത് വന്നത് യങ് എന്നുള്ളതൊക്കെ യൂനൻ എന്നുള്ള അവരൊക്കെ കൂടെ പറഞ്ഞുതാ താടിക്കാർ വരുന്നു അവർ വലിയ ജ്ഞാനികളാണ് തപസ്വികളാണെന്നാണ് അവർക്ക് എവിടെ പോയാലും സുഖം ആളുകളൊക്കെ നമസ്കരിക്കുക പൂജിക്ക ഇവരുടെ അടുത്ത് എന്താ ഉള്ളത് നമുക്കൊന്നു നോക്കണമല്ലോ എന്ന് പറഞ്ഞ് ജാമ്പവതിയിൽ ജനിച്ച സാമ്പനെ പെൺവേഷം കെട്ടിച്ചു പെൺവേഷം കെട്ടിച്ചിട്ട് ഗർഭിണിയായിട്ട് വേഷം കെട്ടിച്ചു ദൂരത്തിൽ നിർത്തി എന്നിട്ട് രണ്ടു മൂന്ന് പേര് ചെന്ന് പറഞ്ഞു ഇതാ അവളുണ്ടല്ലോ ആ സുന്ദരി അവൾ ഗർഭിണിയ അവൾ ആൺകുട്ടിയെ പ്രസവിക്കോ പെൺകുട്ടിയെ പ്രസവിക്കുവോ നിങ്ങളൊക്കെ വലിയ ജ്ഞാനികളാണല്ലോ എല്ലാം അറിയുന്നവരാണല്ലോ അതുകൊണ്ട് അവൾക്ക് ആൺകുട്ടിയാണോ ഉണ്ടാവുക പെൺകുട്ടിയാണോ ഉണ്ടാവുക ആൺകുട്ടിയാണ് ഉണ്ടാവണം എന്ന് ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട് ചില ജോത്സ്യന്മാരോടൊക്കെ ചോദിക്കും ആണാണോ പെണ്ണാണോ ആൺകുട്ടി എന്ന് പറയും എന്നിട്ട് പെൺകുട്ടിന്ന് പേപ്പറിൽ എഴുതി മേലെ തിരികെ വെച്ചിട്ട് പോകത്ര വീട്ടിൽ ആൺകുട്ടിയാണ് ജനിച്ചതെങ്കിൽ ജോലിസേന നല്ല പേര് എന്താ ജോലിസേരേ പെൺകുട്ടിയാണല്ലോ അത് പെൺകുട്ടിന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി പറയണ്ടാന്ന് പറഞ്ഞാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വിത്തരത്തിൽ വല്ല ഏർപ്പാടാണോന്ന് അറിയണമല്ലോ അപ്പൊ ഇവൾ എന്തിനെ പ്രസവിക്കും ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഋഷികൾക്ക് കോപം വന്നു അവർക്ക് ഭഗവാന്റെ ഇച്ഛയും അറിയാം ഭഗവാൻ കരണം കാരണം കർത്താ വികർത്ത ഗഹനോ ഗുഹ തന്റെ വംശം സംഹരിക്കാൻ നിശ്ചയിച്ചു കഴിഞ്ഞു അതാണ് ഇവരുടെ ബുദ്ധിയിൽ ഇങ്ങനെയൊക്കെ വിപരീതമായിട്ട് തോന്നണത് ഋഷീശ്വരന്മാര് പറഞ്ഞു ഇവൾ മുസലം കുലനാശനം നിങ്ങളുടെ കുലത്തിനെ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു മുസലം ഇരുമ്പോലൊക്കെ പ്രസവിക്കും എന്ന് പറഞ്ഞു ശപിച്ചു ഇവരാ തുണിയൊക്കെ മാറ്റി നോക്കുമ്പോൾ ഒരു ഇരുമ്പോലൊക്കെ കിട്ടി പേടിച്ചുപോയി പൊടിച്ച് സമുദ്രത്തില് കലക്കി ഒരു കഷ്ണം ബാക്കി വന്നത് വലിച്ചെറിഞ്ഞു അതൊരു മത്സ്യം വിഴുങ്ങി നമ്മളുടെ ഡസ്റ്റിനി എന്തൊക്കെ സംഭവിക്കാനുണ്ടോ അതിലൊരു ഡസ്റ്റ് പോലും വെറുതെ പോകില്ല അതിന് തെളിവെന്താ ഇതിലുള്ള ഓരോ ഡസ്റ്റ് ഓഫ് അയേൺ ഈ പൊടിച്ച് സമുദ്രത്തിൽ കലക്കിയ ഇരുമ്പിന്റെ ഓരോ പൊടിയും അല കൊണ്ടുവന്ന് കരയ്ക്കാക്കിയിട്ട് അതൊക്കെ തന്നെ ഭയങ്കരമായി മൂർച്ചയുള്ള പുല്ലുകളായിട്ട് വളർന്നു നിന്നു വാളുപോലെ ഒരു കഷ്ണം ബാക്കി വന്നതിനെ ഒരു മത്സ്യം വിഴുങ്ങി ആ മത്സ്യത്തിനെ ഒരു മുഖുവൻ പിടിച്ചു ആ മുൻ ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും ഈ ഇരുമ്പ് കഷ്ണം കിട്ടിയത് ഒരു ണ്ടാക്കുന്ന ആൾക്ക് കൊടുത്തു അയാൾ ഒരു അമ്പിന് ശല്യവും ഉണ്ടാക്കി ശല്യം എന്ന് വെച്ചാൽ ഉള്ളിൽ തറച്ചു കഴിഞ്ഞാൽ വലിച്ചെടുക്കുമ്പോൾ പ്രാണം പോകും അതാണ് ശല്യം അത് ഉണ്ടാക്കി അത് ഉണ്ടാക്കി അമ്പുണ്ടാക്കിയിട്ട് ഒരു അമ്പ് ഒരു വേടന് കൊടുത്തു എല്ലാം തയ്യാറായി യാദവ നാശത്തിന് എവറിത്തിങ് ഇസ് റെഡി അങ്ങനെ നിൽക്കുമ്പോഴാണ് വസുദേവർക്ക് ദേവകി വസുദേവൻ കൃഷ്ണൻ ജനിച്ചപ്പോ തന്നെ ആദ്യം കണ്ടത് വസുദേവരാണ് പിന്നെ ദേവകി കണ്ടു നമുക്ക് ആത്മസാക്ഷാത്കാരം ഉണ്ടാകും എങ്ങനെ എന്ന് വെച്ചാൽ ചിലർക്കൊക്കെ കുറച്ച് അധ്യാത്മ സാധനമൊക്കെ ചെയ്യുമ്പോ അല്ലെങ്കിൽ ചിലപ്പോ കൃപ കൊണ്ട് ചിലപ്പോ ആരംഭത്തിൽ തന്നെ ചിലപ്പോ കുറച്ച് അനുഭവമൊക്കെ ഉണ്ടാവും പക്ഷെ അനുഭവം ഉണ്ടായാലും പൂർണാനുഭവം ഉണ്ടാവില്ല രാമകൃഷ്ണ പരമഹംസരെ കാണാൻ സ്വാമി വിവേകാനന്ദൻ ആദ്യമായിട്ട് ചെല്ലുന്നു നരേന്ദ്രനാഥ് ദത്ത ചെറുപ്പകാലം മുതൽ ഈശ്വരാന്വേഷണം ചെയ്ത് നടക്കുന്ന കുട്ടി ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പ്രഭാഷണം ചെയ്യുകയാണെങ്കിൽ ഈ കുട്ടി ചെന്ന് ചോദിക്കും നിങ്ങൾ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ ആർക്കും പറയാൻ ധൈര്യമില്ല ആരോ പറഞ്ഞു രവീന്ദ്രനാഥ് ടാഗോറിന്റെ അച്ഛൻ മഹർഷി ദേവേന്ദ്രനാഥ് ടാഗോർ അദ്ദേഹത്തിന് മഹർഷി എന്നാണ് വിളിക്കുന്നത് അദ്ദേഹത്തിനോട് ചെന്ന് ചോദിക്കൂ അദ്ദേഹം ധ്യാനിക്കുക എവിടെയാന്ന് വെച്ചാൽ ഗംഗയില് ഒരു ബോട്ട് നിർത്തിയിട്ട് ആ ബോട്ടിന്റെ ഉള്ളിലിരുന്ന് ധ്യാനിക്കുകയാണ് ആരും ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാനായിട്ട് ഈ കുട്ടിക്ക് ഈശ്വരാന്വേഷണത്തിനുള്ള ത്വര ഈശ്വരനെ അനുഭവിക്കണം കണ്ടെത്തണം ആ സത്യം കണ്ടെത്തണം എന്നുള്ള ത്വരയിൽ ഈ കുട്ടി ഗംഗയിലെടുത്ത് ചാടി നീന്തിപ്പോയി ബോട്ടിൽ വലിഞ്ഞു കയറി ധ്യാനിക്കുന്ന മഹർഷി ദേവേന്ദ്രനാഥ് ടാഗോർ കണ്ണു തുറന്നു നോക്കുമ്പോ നനഞ്ഞു കുളിച്ച് ഒരു ചെറുപ്പക്കാരൻ തന്റെ മുമ്പിൽ നിൽക്കണു കണ്ണു തുറന്ന ഒരേ ഒരു ചോദ്യം നിങ്ങൾ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ ഉടനെ ദേവേന്ദ്രനാഥ് ടാഗോർ പറഞ്ഞു ഒരാൾ പെട്ടെന്ന് ചോദിച്ച എന്തു പറയും കുട്ടി ഇരിക്കൂ കുട്ടിയുടെ കണ്ണ് കണ്ടാൽ ഒരു യോഗിയുടെ കണ്ണു പോലെ ഉണ്ട് തന്റെ ലക്ഷണങ്ങളൊക്കെ ഒരു മഹായോഗിയുടെ ലക്ഷണങ്ങളുണ്ട് എന്റെ കൂടെ ഇരിക്കൂ ഞാൻ പറഞ്ഞുതരാം തനിക്ക് സാധിക്കും ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമല്ല അരി എത്ര ചോദിച്ചാ പയറഞ്ഞാഴിന്ന് പറയാന്ന് ഒരു ചോദ്യം ചോദിച്ചത് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ ഇദ്ദേഹം എന്നെ സ്തുതിക്കാണ് അതിനല്ല ഞാൻ വന്നത് തൃപ്തിയായില്ല കുറച്ചുനേരം വർത്തമാനം പറഞ്ഞു പോയി പിന്നീടാണ് അദ്ദേഹത്തിന്റെ സ്കൂളില് കോളേജില് ഇംഗ്ലീഷ് പോയിട്രി എടുക്കുമ്പോൾ എക്സ്ട്രസി എന്നൊരു വാക്കു വന്നു അപ്പോ വില്യം ഹേസ്റ്റ് എന്ന് പറയുന്ന പ്രൊഫസർ അദ്ദേഹം പറഞ്ഞു ഇതിന് സമാധി എന്നാണ് നമ്മള് അർത്ഥം പറയുക ഇത് ഈശ്വരാനുഭവമാണ് ഈശ്വരനെ കണ്ണുകൊണ്ട് കാണലോ അല്ലെങ്കിൽ ചെവി കൊണ്ട് കേൾക്കലോ അല്ല ഈശ്വരനെ ഹൃദയത്തിൽ അനുഭവിക്കണം അതിന് സമാധിസ്ഥിതി എന്ന് പറയുന്നു ആ അനുഭവം കൊണ്ടാണ് മഹാത്മാക്കൾ ഉണ്ടാവുന്നത് പൂർണ്ണ പുരുഷന്മാരുണ്ടാവുന്നത് അങ്ങനെ ഒരു പൂർണ്ണപുരുഷൻ ഇപ്പോ കൽക്കട്ടയ്ക്കടുത്ത് ദക്ഷിണേശ്വരം അമ്പലത്തിലുണ്ട് അദ്ദേഹത്തിനെ രാമകൃഷ്ണ പരമഹംസർ എന്ന് വിളിക്കുന്നു വേണമെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പോയി കാണാം അങ്ങനെ പറഞ്ഞപ്പോ കാണമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും കൽക്കട്ടയിൽ തന്നെ രാമചന്ദ്രദത്ത എന്ന് പറയുന്ന ഒരു ഭക്തന്റെ വീട്ടിൽ രാമകൃഷ്ണ പരമഹംസർ വന്നിട്ടുണ്ട് വിവേകാനന്ദ സ്വാമി നരേന്ദ്രനാഥ് ദത്ത നരേന്ദ്രനാഥ് ദത്ത നല്ലവണ്ണം പാടും മധുരമായിട്ട് പാടും അപ്പം നരേന്ദ്രനാഥനെ ശ്രീരാമകൃഷ്ണദേവന്റെ മുമ്പിൽ പാടാനായിട്ട് വിളിച്ചു മധുരമായിട്ട് ശ്രീരാമകൃഷ്ണദേവന്റെ മുമ്പിൽ പാടി നരേന്ദ്രനാഥിനെ കണ്ടപ്പോ തന്നെ രാമകൃഷ്ണദേവൻ പിന്നീട് പറയുന്നു കൽക്കട്ട തെരുവിൽ പട്ടണത്തിൽ ഇങ്ങനെ ഒരു പയ്യനോന്നു അതിസാത്വികമായ രൂപം അടുത്ത് വന്നപ്പോ ഈ പാടി പാട്ട് കേട്ട് രാമകൃഷ്ണദേവൻ കുറെ നേരം സമാധിസ്ഥനായിട്ടിരുന്നു കുറച്ചുനേരം കഴിഞ്ഞ് ഈ കുട്ടിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു കുഞ്ഞെ നീ എന്തുകൊണ്ട് ഇത്ര ദിവസം വന്നില്ല എത്ര ദിവസമായി തന്നെ ഞാൻ കാത്തുകൊണ്ടിരിക്കുന്നു എന്നെ കാത്തിരിക്കാൻ വെച്ചുവല്ലോ ഈ ലൗകികന്മാരായ മനുഷ്യരുടെ വർത്തമാനം കേട്ട് കേട്ട് കേട്ട് എനിക്ക് മതിയായി ചെവിയിൽ ഇരുമ്പുരുക്കി ഒഴിക്കണ പോലെ ഉണ്ട് ഈ ലൗകികന്മാരുടെ വർത്തമാനങ്ങൾ കേട്ട് കേട്ട് പണം പേര് പ്രസിദ്ധി ലോകഭോഗങ്ങൾ ഇത് കേട്ട് കേട്ട് എനിക്ക് ദുഃഖം സഹിക്കവയ്യാതായിരിക്കണം തന്നെ ഞാൻ എത്ര ദിവസമായി കാത്തിരിക്കുന്നു അപ്പോ ആദ്യം സ്നേഹം തന്നെ അടിമയാക്കി രണ്ടാമത്തെ രാമകൃഷ്ണദേവനോട് നരേന്ദ്രനാഥൻ ചോദിച്ചു അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ അടുത്ത ക്ഷണം കണ്ടിട്ടുണ്ടോ കുഞ്ഞെ തന്നെ ഞാൻ എങ്ങനെ കാണുന്നുവോ അതിനേക്കാളും അടുത്ത് അതിനേക്കാളും അടുത്ത് കണ്ടിട്ടുണ്ട് എന്നുള്ള സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് അല്ല വേണമെങ്കിൽ തനിക്ക് കാണിച്ചു സാധിക്കും തന്റെ ഗുരുനാഥന്റെ വാക്കിനെ വിവേകാനന്ദ പിന്നീട് പറയുന്നു वेदाहत महा आदि तपस उपनिषदि ऐसी मंत्र उच्चो अतिध्वनि या गुरीनाथन कीनध्वनि वीडूम अद गुरीनाथन या परमपुर कं उज्वल परमपुष ए प्रकाशिकू वेमें तुम्हें का അതോടുകൂടെ ആ ഗുരുശിഷ്യ ബന്ധം ഉണ്ടായി ഉണ്ടായി അപ്പോ വിവേകാനന്ദ സ്വാമികൾ ശ്രീരാമകൃഷ്ണദേവന് അതോടുകൂടെ അടിമപ്പെട്ടു കഴിഞ്ഞു അപ്പോ അടുത്ത പ്രാവശ്യം വീണ്ടും കാണാൻ ചെന്നു കാണാൻ ചെന്നു കൽക്കട്ടയില് ദക്ഷിണേശ്വരത്ത് ദക്ഷിണേശ്വരത്ത് കാണാൻ ചെന്നപ്പോ കുട്ടി വരൂ എന്ന് പറഞ്ഞു കൂടെ മൂന്നാല് ്രണ്ട്സിനെ കൂട്ടിക്കൊണ്ടുപോയി അവരെയൊക്കെ പുറത്ത് നിർത്തിയിട്ട് ഈ നരേന്ദ്രനാഥനെ കൈ പിടിച്ച് അകമേക്ക് കൂട്ടിക്കൊണ്ടുപോയി മുറിയിൽ കൊണ്ടുപോയി വാതിലടച്ചു എന്താ ചെയ്യാപോണ ഒന്നും പിടിയില്ല വാതിലടച്ചിട്ട് അടുത്തിരുത്തിയിട്ട് തന്റെ വലത് കാൽ കൊണ്ട് നരേന്ദ്രനാഥന്റെ മുട്ടിലേക്ക് ഒന്ന് ചവിട്ടി നരേന്ദ്രനാഥന് തന്റെ മുമ്പിലുള്ള ലോകം മുഴുവൻ ഒരു ക്ഷണം മറിഞ്ഞ് തന്റെ മുമ്പ് അപ്രത്യക്ഷമാവുന്നതായിട്ടും ശരീരം ഇല്ലാതാവുന്നതായിട്ടും തന്റെ വ്യക്തിത്വം തന്നെ ഇല്ലാതാവുന്നതായിട്ടും ഒരു അഖണ്ഡമായ ആനന്ദ സമുദ്രം തന്നിൽ വന്ന് തന്നെ വിഴുങ്ങുന്നതായിട്ടും തോന്നി പക്ഷെ അതോടൊപ്പം പേടിയും തന്റെ വ്യക്തിത്വം ഉള്ളതുകൊണ്ട് അഹങ്കാരം പൂർണമായി പോവാത്തത് കൊണ്ട് അറിഞ്ഞടങ്ങാത്തത് നിലവിളിച്ചു എനിക്ക് അമ്മേണ്ട് അച്ഛനുണ്ട് സഹോദരി സഹോദരന്മാരുണ്ട് അങ്ങെന്നെ എന്താ ചെയ്യണത് അപ്പൊ ശ്രീരാമകൃഷ്ണദേവൻ പതുക്കെ നെഞ്ചിലിങ്ങനെ തട്ടിക്കൊടുത്തിട്ട് കുഞ്ഞെ മതി ഇന്നത്തേക്ക് മതി എന്നാണ് അതോടുകൂടെ എന്താ പറയാ ഗോപസ്ത്രീകൾ ഭഗവാനെ കണ്ട ശേഷമാണ് വിരഹം അല്ലെ കാണുന്നതിനു മുമ്പ് വിരഹമില്ല കണ്ട് ഭഗവാനെ സ്പർശിച്ച ശേഷം അതോടുകൂടെ ദുസ്സഹ്രേഷ്ഠ വിരഹ തീവ്രതാപദുതാശുഭാഹ ധ്യാനപ്രാപ്ത അച്യുതാശ്ലേഷ നിർവൃത്യാക്ഷീണമംഗളാഹ് ഭഗവാന്റെ വിരഹം സഹിക്കവയ്യ അനുഭവിച്ചുവെ ഇപ്പൊ ഇവിടുന്ന് വീണാല് കാലും കൈയ്യൊന്നും പൊട്ടില്ല മുകളിൽ കയറി വീണാലോ കാലും കയ്യുമൊക്കെ പൊട്ടും മരത്തിന്റെ മേലെ കയറിയിട്ടാണ് ചാടുന്നതെങ്കിലോ അതുപോലെ അനുഭൂതി ഏർപ്പെട്ട ശേഷം ചുവട്ടില് വരുമ്പോ വിരഹം സഹിക്കവയ്യ നരേന്ദ്രനാഥൻ ആ വിരഹ അഗ്നിയും കൊണ്ട് നടന്നു കൊറേ കാലം അവസാനം ശ്രീരാമകൃഷ്ണദേവൻ നരേന്ദ്രനാഥനെ തന്റെ അടുത്ത് വിളിച്ചു രാമകൃഷ്ണ പരമംശൻ മഹാസമാധി ആവുന്നതിനു മുമ്പ് നരേന്ദ്രനാഥനെ അടുത്ത് വിളിച്ച് ആ കൈ പിടിച്ചുകൊണ്ട് കുറച്ചുനേരം വെച്ചുകൊണ്ടിരുന്നു നരേന്ദ്രനാഥനോട് പറഞ്ഞു എന്റെ കൈയിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഞാൻ തനിക്ക് തന്നു ഇപ്പൊ ഞാൻ ഐ ഹ് ബിക്കം എ ഫീർ ഒന്നുമില്ല അപ്പൊ എന്റെ കയ്യിൽ പക്ഷേ പൂട്ടി താക്കോല എന്റെ കയ്യിൽ വെക്കും കാരണം എന്താ ഇപ്പത്തന്നെ മുഴുവനും അങ്ങനെ തന്നാൽ തന്നെ കൊണ്ട് എന്തൊക്കെ ലോകത്തിൽ നടക്കാനുണ്ടോ അതൊക്കെ നടക്കില്ല അതെല്ലാം സാധിക്കില്ല ജ്ഞാനികൾ പ്രവർത്തിയിൽ നിന്ന് വിമുഖരായിട്ട് പോകും ജ്ഞാനികൾ ആ അനുഭവം ഏർപ്പെടുമ്പോ പിന്നെ ഒന്നും ഒരു പ്രവൃത്തിയിലും രുചിയില്ലാതായിട്ട് തീരും കർമ്മത്തിൽ രുചിയില്ലാതായിട്ട് തീരും ചുമ്മായിരിക്കാനുള്ള രുചി ഏർപ്പെട്ടു തുടങ്ങും കർമ്മമൊക്കെ ഉപേക്ഷിച്ച് പരമശാന്തമായി നിർവൃത്തിയിൽ ഇരിക്കാനുള്ള രുചി ഏർപ്പെട്ടു തുടങ്ങും അതുകൊണ്ട് കർമ്മം ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ പൂട്ടി താക്കോൽ എന്റെ കയ്യിൽ വെക്കും ചാവി എന്റെ കയ്യിൽ വെക്കും തന്റെ കർമ്മവും കഴിഞ്ഞാൽ ഞാൻ തുറന്നു വിടും അതേപോലെ വിവേകാനന്ദ സ്വാമികൾ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ അവസാന പറഞ്ഞു എന്റെ ഗുരുദേവൻ ഇപ്പൊ ഇതാ തുറന്നു വിട്ടിരിക്കുന്നു ്രഹ്മനിർവണം എനിക്ക് സഹജസിദ്ധമായിരിക്കുന്നു എന്ന് അവസാന കാലത്ത് അദ്ദേഹത്തിന്റെ ലെറ്റേഴ്സിൽ തന്നെ അദ്ദേഹം എഴുതുന്നുണ്ട് അപ്പൊ ആട്ടെ അപ്പൊ എന്തിനാ പറഞ്ഞെന്ന് വെച്ചാൽ വസുദേവർക്ക് കൃഷ്ണൻ ജനിച്ചപ്പോ തന്നെ മുമ്പിൽ കണ്ടപ്പോ തന്നെ തൽക്കാലത്തേക്ക് സാക്ഷാത്കാരമുണ്ടായി കൃഷ്ണനെ കണ്ടപ്പോ തന്നെ വസുദേവർ പറഞ്ഞു വിധിദോസി ഭവാൻ സാക്ഷാത് പുരുഷ പ്രകൃത കേവലാനുഭവാനന്ദ സ്വരൂപ സർവബുദ്ധിദൃക് ഭഗവാനെ വിദിതോസി അങ്ങയെ ഞാൻ അറിഞ്ഞിരിക്കുന്നു എന്താ അറിഞ്ഞത് ഈ ശരീരം ഞാനല്ല മനസ്സ് ഞാനല്ല ബുദ്ധി ഞാനല്ല അഹങ്കാരം ഞാനല്ല എല്ലാം തള്ളിക്കളയുമ്പോൾ തള്ളാനും കൊള്ളാനും കഴിയാതെ നിൽക്കുന്ന അറിവ് മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം നച്ച നജഘ്രാണനേത്രേ നജവ്യോമഭൂമിരുന്ന തേജോണ വായുഹു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ഇതൊക്കെ തള്ളിക്കളയുമ്പോൾ ഏതൊന്ന് അവശേഷിക്കുന്നു ആ ബുദ്ധിക്കും സാക്ഷിയായി നിൽക്കുന്ന ചിത്ത് അറിവ് ജ്ഞപ്തി പ്രജ്ഞ അവേർനെസ് ആ അവബോധസ്വരൂപനാണ് കൃഷ്ണൻ ഈ പുറമേക്ക് കാണുന്ന കൃഷ്ണൻ കണ്ണാടി മാതിരി അകമേക്കുള്ള കൃഷ്ണനെ പ്രതിബിംബിക്കും അകമേക്ക് ആത്മാവായി കൃഷ്ണൻ എന്റെ ഉള്ളിൽ പ്രകാശിക്കുന്നു കൃഷ്ണൻ എനിക്ക് സിദ്ധം എന്ന് വസുദേവർ പറഞ്ഞു കുറെ നേരം സ്തുതിച്ച് ആ സ്തുതിയുടെ അവസാനം നോക്കുക വസുദേവർ പറയും ഭഗവാനെ കംസൻ ഇപ്പൊ വരുവല്ലോ എന്തുപറ്റി ആ സ്ഥിതിയിൽ നിന്നാൽ കംസനെവിടെ കൃഷ്ണൻ എവിടെ ഈ പോയി ഒരു ക്ഷണനേരത്തിലേക്ക് ആ അനുഭൂതി അടുത്ത ക്ഷണത്തിലേക്ക് പോയി ി വസുദേവരെക്കാളും ഉപരി സ്തുതിച്ചു ഭഗവാനെ അങ്ങേ ഞാൻ അറിഞ്ഞിരിക്കുന്നു ആരാണ് രൂപം യത്തത് പ്രാഹുരവ്യക്തം ആദ്യം ബ്രഹ്മജ്യോതിർ നിർഗുണം നിർവികാരം സാമാത്രം നിർവിശേഷം നിരീഹം സത്വം സാക്ഷാത് വിഷ്ണു അധ്യാത്മദീപ ൂപം യത്തത് പ്രാഹു അവ്യക്തം ആദ്യം ബ്രഹ്മ ജ്യോതിഹി നിർഗുണം നിർവികാരം സത്താമാത്രം പ്യുവർ എക്സിസ്റ്റൻസ് സത്താമാത്രം ഉണ്ട് എന്ന് അനുഭവപ്പെടുന്ന ഞാൻ ഞാൻ ഞാൻ എന്ന് ഹൃദയത്തിൽ യാതൊന്ന് സ്ഫുരിക്കുന്നുവോ യാതൊന്നിനെ അന്വേഷിച്ചു ചൊല്ലുമ്പോ ഉണ്മയും പ്രകാശവും ശാന്തിയും യിട്ട് പിരിയുമോ യാതൊന്നു ധ്വനിമയമായിട്ടും പ്രാണമയമായിട്ടും പ്രകാശമയമായിട്ടും ഉള്ളിൽ അനുഭവപ്പെടുന്നുവോ ആ സത്യം അവിടുന്ന് മുമ്പിൽ പ്രകാശിക്കുന്നു ഉള്ളിൽ ഞാൻ അനുഭവിക്കുന്നു ആ ദേവകിയും കുറച്ചുനേരം സ്തുതിച്ചു കഴിഞ്ഞതും ചോട്ടൽ വന്നു അയ്യോ കൃഷ്ണ ഹംസൻ വന്ന് ഇപ്പൊ കൊല്ലും എന്തുപറ്റി മായ ചണ്ടി പിടിച്ച കുളത്തില് ീക്കുമ്പോ ഉള്ളില് വെള്ളം കാണും വീണ്ടും പായൽ വന്നു മൂടും അതുപോലെ ബുദ്ധിയിൽ ചിത്തവൃത്തികൾ അല്പം വഴിവിടുമ്പോ ഉള്ളിലുള്ള സ്വരൂപം പ്രകാശിക്കും വീണ്ടും ചിത്തവൃത്തികൾ വന്നു മൂടും ദേവകിക്കും വസുദേവർക്കും ഭഗവാൻ ജ്ഞാനം കൊടുത്തു എന്തിനാ ടേസ്റ്റാണേ ടേസ്റ്റ് കിട്ടിയാൽ ജീവിതം മുഴുവൻ അതിനുവേണ്ടി ദാഹിക്കും അല്ലേ സത്സംഗത്തിലേ വരാത്ത ആളുകളും ഇത് രുചിക്കാത്ത ആളുകളും ഇതിലേക്ക് വന്നിട്ടില്ലെങ്കിൽ പോട്ടെ പക്ഷെ ഇത് രുചിച്ചു കഴിയുമ്പോഴാണ് വേണം ഇതിലൊരു രുചി കിട്ടിത്തുടങ്ങുമ്പോ പിന്നെ സത്സംഗം എവിടെ കിട്ടും ആരെങ്കിലുമൊക്കെ സത്തുക്കളായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെന്നിട്ട് അല്ലതും ഒക്കെ പറയുകയും ചോയ് ഇന്ന് പുതിയതായിട്ട് എന്താ പറയാനുള്ളത് ഇപ്പൊ ഞാനും ഈ പ്രഭാഷണം ചെയ്യുന്ന ഞാനാണെങ്കിലും എനിക്ക് രുചിക്കുന്ന രീതിയിൽ ബ്രഹ്മവിദ്യ പറയുന്ന ഒരു ആചാര്യനെ എവിടെയെങ്കിലുമൊക്കെ ഒരാളെ കണ്ടാൽ ഞാൻ അടുത്തു ചെന്ന് പറയാൻ വേണ്ടി കാത്തുകൊണ്ടിരിക്കും എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ടല്ല പലരും കേൾക്കാൻ വരുന്ന പലരും ചില സദസ്സുകളിൽ മഹാത്മാക്കൾ വന്നിരിക്കും ചില സ്ഥലങ്ങളിൽ ഭാഗവതം പറയുമ്പോഴോ ഗീത പറയുമ്പോഴോ ബ്രഹ്മനിഷ്ഠന്മാരായി ജ്ഞാനികൾ വന്നിരിക്കും അവർ അവരിരിക്കുമ്പോ നമുക്ക് പേടി തോന്നുമോ കാഞ്ഞങ്ങാട് ആനന്ദാശ്രമത്തിൽ ഞാൻ പ്രഭാഷണം ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ശ്രോതാ സ്വാമിജിയാണ് സച്ചിദാനന്ദ സ്വാമിയാണ് ഒരിക്കലും സച്ചിദാനന്ദ സ്വാമി അവിടെ ഇരിക്കുമ്പോ എന്നെ സംബന്ധിച്ചോളം ഒരു വലിയ മഹാത്മാവ് ഇരിക്കുന്നു എന്നുള്ള ഭയം നമുക്ക് തോന്നില്ല സ്വാമിജി വന്നിരുന്നാൽ ഔത്സുഖ്യം കൂടും എന്താന്ന് വെച്ചാൽ ആ സദസ്സിലുള്ള എല്ലാ സദസ്യരെക്കാളും ആസ്വദിച്ച് രസിച്ച് തന്മയപ്പെട്ട് കണ്ണീര് വിട്ടുകൊണ്ട് കേൾക്കും ഗൗരവത്തോടെ ഒരാൾ ഇരുന്നാലല്ലേ ഭയം അവരെന്തറിയാൻ പുതിയതായിട്ട് വലതും അറിയാനാണോ അല്ല സ്വാദു സ്വാദു പതേ പതേ ഓരോ പദത്തിലും സ്വാദ് കേട്ടത് തന്നെ കേൾക്കുമ്പോ സ്വാദ് അനുഭവിച്ചത് തന്നെ അനുഭവിക്കുമ്പോ സ്വാദ് സ്വാദ് ഏറി ഏറി വരുന്നു ഇന്ദ്രിയ സുഖമാണെങ്കിൽ ഒരു ലഡു തിന്നാൽ രണ്ടാമത്തെ ലഡുവിന് രുചി കുറയും നാലാമത്തെ ലഡുവിന് ദേഷ്യം വരും അഞ്ചാമത്തെ ലഡ്ഡു കൊണ്ടു അടിക്കാൻ പോകും ഈ ബ്രഹ്മവിദ്യയിലാവുമ്പോ കേൾക്കുമ്പോ കേൾക്കുമ്പോ കേൾക്കുമ്പോ രുചി ഏറി ഏറി വരുന്നു പറഞ്ഞതേ പറഞ്ഞതേ കേൾക്കാൻ രുചി അതല്ലാതെ വേറെ വല്ലതും പറഞ്ഞാൽ രുചിയില്ല നല്ല പഴക്കം എന്ന സദസ്സില് ഞാൻ ബ്രഹ്മവിദ്യ വിട്ടു വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവർ പറയും സ്വാമി വീണ്ടും അത് തന്നെ കഥയും തമാശ ഒന്നും വേണ്ട എന്താ അവരെ രുചിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഹൃദയത്തിന്റെ രുചി കണ്ടെത്തിയിരിക്കുന്നു അപ്പോ ആ ഒരു രുചി എവിടുന്ന് കിട്ടി എവിടെയോ അല്പസ്വല്പ അനുഭവം ഉണ്ടാവുന്നത് കൊണ്ടാണ് അത് വസുദേവർക്ക് ദേവകിക്കും ഈ അനുഭവം കൊടുത്തു ഭഗവാൻ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താ ഭാഗവതത്തിൽ കുറേ സ്ഥലങ്ങളിൽ വസുദേവർ മഹാത്മാക്കളെ കാണുമ്പോഴൊക്കെ ബ്രഹ്മവിദ്യ ചോദിക്കുന്നു ഇതിനുമുമ്പൊരിക്കൽ നാരദനെ ഉപദേശിച്ചു ഇതിനു മുമ്പൊരിക്കൽ സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാനോട് തന്നെ എനിക്ക് അല്പമൊന്ന് പറഞ്ഞു തരുമോ എനിക്ക് അല്പം ഭഗവത് വിഷയമായിട്ടുള്ളതൊക്കെ ഒന്ന് വസുദേവർ ചോദിക്കുന്നു അതേപോലെ ഇതാ ഏകാദശ സ്കന്ധത്തിൽ ഒരു സന്ദർഭം നാരദ മഹർഷി പാവം അദ്ദേഹത്തിന് ലോകത്തിലെ ആരെങ്കിലുമൊക്കെ നാട്ടിൽ കലഹം ഉണ്ടാക്കുകയാണെങ്കിൽ നാരതെന്ന് പേരുവയ്ക്കും ദേഷ്യപ്പെട്ട വിശ്വാമിത്രൻ എന്ന് വിളിക്കും ദുർവാസ എന്ന് വിളിക്കും അവരൊക്കെ എത്ര വലിയ മഹാത്മാക്കളാണറിയും വിശ്വാമിത്രൻ വെച്ചാൽ വൈയാകരണന്മാർക്ക് അറിയാം വിശ്വത്തിന് മുഴുവൻ മിത്രനായിട്ടുള്ളവനാണ് അല്ലാതെ വിശ്വാമിത്രനല്ല വിശ്വത്തിന് മുഴുവൻ ഹിതം ചെയ്യാനുള്ള ആള് വിശ്വാമിത്രൻ ഇല്ലെങ്കിൽ ശ്രീരാമനില്ല വിശ്വാമിത്രനില്ലെങ്കിൽ ശ്രീകൃഷ്ണനും ഇല്ല പരമപ്രിയം പ്രേമേ സ്വരൂപമാണ് വിശ്വാമിത്രൻ നമ്മൾ വിശ്വാമിത്രൻ നാട്ടിലുള്ള കോപിഷ്ടന്മാരൊന്നും വിളിക്കരുത് വാത്മീകി രാമായണത്തില് വിശ്വാമിത്രനെ അവതരിപ്പിക്കും വാത്മീകി എങ്ങനെയാന്ന് വെച്ചാൽ രാമന് പതിനാറ് വയസ്സ് തികയാനാവുന്ന സന്ദർഭത്തിൽ വിശ്വാമിത്രൻ അരമനുമുമ്പിൽ വന്ന് നിൽക്കും ദ്വാരപാലകനോട് പറയും ആമാക്യാ ഹി ശീഘ്രം ദശനത്തിനോട് ചെന്ന് ജാതിസുതനായ വിശ്വാമിത്രൻ വന്നിരിക്കുന്നു പറയാ ദശരഥൻ കയ്യും കാലുമൊക്കെ വരച്ചുകൊണ്ടാണ് വരിക വിശ്വാമിത്രന്റെ മുമ്പിലേക്ക് പേടിച്ചിട്ട് പേടിച്ചുകൊണ്ട് വരും വന്നു വീണ് നമസ്കരിച്ചു അവിടുന്ന് വന്നതുകൊണ്ട് ഈ രാജ്യം പവിത്രമായി ശുദ്ധമായി മഴ മരുഭൂമിയിൽ മഴ പോലെയും മരിക്കാൻ കിടക്കുന്ന ആൾക്ക് അമൃതം കിട്ടിയ പോലെയും കുഞ്ഞില്ലാതെ വിഷമിക്കുന്ന ഒരു പുത്രപ്രാപ്തി ഉണ്ടായ പോലെയും അവിടുത്തെ വരവ് എനിക്ക് സുഖം തരുന്നു അങ്ങ് എന്തു ചോദിച്ചാലും തരാം അപ്പോഴാണ് വിശ്വാമിത്രൻ പറയുന്നത് എന്തുവംശം രഘുവംശമല്ലേ അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ പറഞ്ഞത് എനിക്ക് വേണ്ടത് അങ്ങയുടെ മൂത്തപുത്രനെ എന്റെ കൂടെ പറഞ്ഞേക്കാം അപ്പൊ ദശരഥന്റെ ഗ്യാസ് പോയി ദശരഥൻ പറഞ്ഞു ആദ്യം പറഞ്ഞു അയ്യോ അവിടുന്ന് അത് ചോദിക്കരുത് ഞാൻ പടയക്കാം കൂടെ ഞാൻ തന്നെ യുദ്ധത്തിന് വരാം രാക്ഷസന്മാരോട് രാമനെ ചോദിക്കരുത് ഊനഷോടർഷീവലോചന യുദ്ധയോഗ്യതാമസ്യ പശ്യാമേ സഹ രാക്ഷസൈ പതിനാറ് തികഞ്ഞിട്ടില്ല എന്റെ രാമന് ഊനഷോടശ വർഷോ മേ രാമോ രാജീവലോചന താമരക്കണ്ണനായി ഈ രാമനെ ചോദിക്കരുത് വേറെ എന്തു വേണമെങ്കിൽ ചോദിച്ചോള ഇത്രയും പറഞ്ഞു പറഞ്ഞു പറഞ്ഞു ഒന്ന് ജൽപ്പനം എന്നാണ് പറയുന്നത് വാൽമീകി ദശരഥന്റെ ജൽപ്പനം ജൽപ്പിച്ചിട്ട് അവസാനം ദശരഥൻ പറഞ്ഞു നൈവദാസ്യാമി പുത്രകം എന്റെ പുത്രനെ തരില്ല എന്ന് തന്നെ പറഞ്ഞു അപ്പൊ വിശ്വാമിത്രൻ എഴുന്നേറ്റു സുഖീപ സുഹൃദ്വ്രത ഭാര്യയും കുട്ടികളും പേര കുട്ടികളും ഒക്കെ ആയിട്ട് സൗഖ്യമായിട്ടിരിക്കർത്ഥം ഊഹിക്കാം അല്ലേ ദേഷ്യം വന്നിട്ടേ സുഖമായിട്ടിരിക്കോ എന്താ പറയാൻ പാടില്ലാത്ത വേറെ വിധത്തിൽ സുഖീഭവ സുഹൃത്ബത്താഹ ഉടനെ വിശ്വാ വസിഷ്ഠൻ എഴുന്നേറ്റു പുരോഹിതനല്ലേ തന്റെ യജമാനെ രക്ഷിക്കണം വസിഷ്ഠൻ എഴുന്നേറ്റ് പറഞ്ഞു അങ്ങ് എന്താ വിഡിത്തം കാണിക്കണത് രാജാവെ ഈ വന്നിരിക്കുന്ന ആളാരാ അറിയോ ഏഷ വിഗ്രഹവാൻ ധർമ്മ തപസശ പരായണം ധർമ്മമേ മൂർത്തിപ്പൊണ്ട് തപസേ ഉരുത്തിരിഞ്ഞു മുമ്പിൽ വന്ന് നിൽക്കുന്നു കൊതുകുപോലെയുള്ള രാക്ഷസന്മാരെ നിഗ്രഹിക്കാൻ അദ്ദേഹത്തിന് നിങ്ങളുടെ സഹായമൊന്നും ആവശ്യമില്ല അദ്ദേഹം അങ്ങയുടെ മുമ്പിൽ വന്ന് രാമനെ തരൂ ലക്ഷ്മണനെ തരൂ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളെ അനുഗ്രഹിക്കാനായിട്ടാണ് കൂടെ പറഞ്ഞേക്ക വലിയ അനുഗ്രഹം ഉണ്ടാവും അപ്പോ രാമനെയും ലക്ഷ്മണനെയും അലങ്കരിച്ച് ജഡ് കിരീടം വെച്ചു ധനുസ് വെച്ചു കൊടുത്ത് രണ്ടുപേരെ അലങ്കരിച്ചു കൂട്ടിക്കൊണ്ടുവന്നു നമസ്കരിച്ചു വിശ്വാമിത്രന്റെ കൂടെ പോകുന്നു വിശ്വാമിത്രൻ ഇത്രയും നേരം സദസ്സിൽ ഗംഭീരഭാവം ദശരഥൻ വിറയ്ക്കുന്നു വസിഷ്ഠൻ പോലും ജാഗ്രതയായിട്ടേ വർത്തമാനം പറയുള്ളൂ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും വീട് നമസ്കരിച്ചു അവരും ഒരു ഹെഡ് ഓഫീസ് റൂമിലേക്ക് ഒരു കുട്ടിയെ വിളിച്ചോണ്ട് പഴയ കാലത്ത് ഇപ്പൊ ഒന്നുമില്ല പേടിച്ച എങ്ങനെ പോവോ അതുമാ പോകുന്നു അങ്ങനെയാണ് പുറകെ പോണത് വിശ്വാമിത്രോയയാവഗ്രെ രാമൻ പുറകെ ലക്ഷ്മണൻ പുറകെ നടന്നു തൃശീർഷാവി പന്നകൗ മൂന്നു തലയുള്ള പാമ്പു പോലെ എന്നാണോ എന്നുവെച്ചാൽ രാമന്റെ തല കയ്യിൽ ധനുസ് ആവനാഴി ഇതിനെ വാൽമീകി പറയുന്നു മൂന്ന് തലയുള്ള സർപ്പം പോലെ ശ്രീരാമനെ കാണും അങ്ങനെ വിശ്വാമിത്രന്റെ കൂടെ നടക്കുമ്പോ ഗംഭീരഭാവം കുറച്ചു ദൂരം സരയൂതീരത്തിൽ നടന്നു ഞാൻ ഈ കഥ പറഞ്ഞു വരുന്നത് വിശ്വാമിത്രന്റെ ഗാംഭീര്യം ഇപ്പൊ നമ്മളുടെ മനസ്സിലുണ്ട് അങ്ങനെ നടന്ന് നടന്ന് നടന്ന് അധ്യർദ്ധയോജനം ഗറയുവാദക്ഷിണേ തടേ രാമേതി മധുരാം വാണിം വിശ്വാമിത്രോഭ്യഭാഷ ഒരു അർദ്ധയോജന കടന്നു അത്രയേ ഉള്ളൂ ഈ സിറ്റി ബോർഡർ കഴിഞ്ഞ് സരയൂതീരത്തിലെത്തിയപ്പോഴേ വിശ്വാമിത്രൻ തിരിഞ്ഞു നിന്നിട്ട് രാമാ എന്ന് വിളിച്ചു അത്രേ ആ വിളിച്ച വിളിയിൽ രാമലക്ഷ്മണന്മാർക്ക് മുത്തശ്ശന്റെ അടുത്ത് പേരക്കുട്ടികൾക്കുള്ള പ്രിയം കെട്ടിപ്പിടിച്ചു പോയിട്ട് ആ ഗാംഭീര്യമൊക്കെ പോയി ഇത്രയും നേരം ഗംഭീരനായിരുന്ന മുനി പ്രൈവസിയിലേക്ക് വന്നപ്പോ ഇവരുടെ കൂടെ അവിടെ വന്നപ്പോ ആ ഗാംഭീര്യം പോയി ആധാര്യസ്വാമികൾ പറയുന്നു കിടങ്ങു പോലെയാണ് ഗാംഭീര്യം ജ്ഞാനികൾക്ക് എന്നുള്ളത് ഗാംഭീര്യം പരിഘാപതം ശത്രുക്കൾ വരാതിരിക്കാനായിട്ട് പരിഘാപതം ഒരു കിടങ് കോട്ടയ്ക്ക് കെട്ടുന്ന പോലെ അവരൊരു കിടങ് വയ്ക്കും ഗാംഭീര്യത്തിന് അല്ലെങ്കിൽ എല്ലാരും മുതലെടുക്കുമല്ലോ അതിനുവേണ്ടിയിട്ട് അപ്പോ സിറ്റിയിൽ വരുമ്പോ വിശ്വാമിത്രൻ ഗംഭീര പുരുഷനായിരുന്ന വിശ്വാമിത്രൻ അതിനുശേഷം ആ ഒരു വിളി വാൽമീകി പറയുമ്പോൾ തന്നെ അതൊരു മാധുര്യമാണ് അധ്യർത്ഥയോധനാംഗത്വം സരയുവാ ദക്ഷിണേതേ രാമേതി മധുരാം വാണി വിശ്വാമിത്രോപ്രഭാഷത് അതിനുശേഷം കഥ പറഞ്ഞു കൊടുക്കലും എന്താ ഗംഗാവതരണ കഥ കുമാര സംഭവം മറ്റു പല കഥകളും മന്ത്രോപദേശങ്ങളും പ്രാണായാമാതി സാധനകളും മറ്റു പലതും ഉപദേശിച്ചു കൊടുത്ത് കുട്ടികളെ രണ്ടു കൈയും പിടിച്ച് വഴി നടത്തി കൂട്ടിക്കൊണ്ടുപോവുക അപ്പൊ നമ്മൾ ആരെങ്കിലും വിശ്വാമിത്രന്ന് വിളിക്കാൻ പറ്റുമോ ദുർവാസസ് അദ്ദേഹത്തിന് ദുർവാസസ് എന്ന് പേര് കേൾക്കുമ്പോൾ നമുക്ക് ചീത്ത പേരാണെന്ന് തോന്നും വളരെ അദ്ദേഹത്തിന്റെ ത്യാഗത്തിനെ കാണിക്കുന്ന പേരാണ് വാസസ് എന്ന് വെച്ചാൽ വസ്ത്രം ഉടുത്തിരിക്കുന്ന വസ്ത്രം ചുക്കിച്ചുളിഞ്ഞ് കീറിപ്പറഞ്ഞ വസ്ത്രം ഉടുത്ത് നടക്കുന്ന ആള് എന്നുള്ള അർത്ഥത്തിലാണ് ദുർവാസസ് എന്ന് പേര് എന്ന് വെച്ചാൽ അദ്ദേഹത്തിനൊന്നും വേണ്ട ലോകത്തിന് ആരുടെ അടുത്ത ഒന്നും ആവശ്യമില്ല ചുക്കിച്ചുളിഞ്ഞതും കീറിയതുമായ വസ്ത്രം ഉടുത്ത് നടന്ന് ലോകഹിതത്തിനായി സഞ്ചരിക്കുന്ന ഒരു മുനി അദ്ദേഹം നാടകം നടത്താൻ ചിലപ്പോഴൊക്കെ അംബരീഷ് ചരിത്രത്തിൽ വന്ന് കളിക്കും അംബരീഷ് ചരിത്രത്തിൽ അംബരീഷനെ കുറെയൊക്കെ ബുദ്ധിമുട്ടിച്ച പോലെയൊക്കെ കാണിച്ചിട്ട് അതിനുശേഷം പറയുന്നു തിരിച്ചു വന്ന് സുദർശന ചക്രം നാട് മുഴുവൻ ഓടിച്ചു തിരിച്ചു വന്നു അംബരീഷിന്റെ കാലിൽ വീണു ദുഃഖം കഴിഞ്ഞിട്ട് ഇങ്ങനെ നമുക്കൊരു അപമാനം നടന്നാൽ നമ്മൾ ആരെടുത്തെങ്കിലും പറയുമോ മിണ്ടാതെ പോവും ഈ ദുർവാസാവ് വീട് വീടായിട്ട് കയറി പറഞ്ഞുകൊണ്ട് ഇത്രേ ഞാൻ അംബരീഷിന്റെ വീട്ടിൽ പോയി അംബരീഷ് പറയോ അഹോ അനന്തദാസാനാം മഹത്വം ദൃഷ്ടമധ്യമേ എന്ന് പറഞ്ഞുകൊണ്ട് തുറന്നു എന്നാണ് അപ്പൊ ഭക്തന്മാരുടെ മഹിമ കാണിക്കാനായിട്ട് നടക്കുന്ന ആളാണ് ദുർവാസസ് അപ്പൊ വിശ്വാമിത്രൻ ദുർവാസസ് അത്രീ ചവനം ഇവരൊന്നും സാമാന്യപ്പെട്ടവരല്ല ഇവരൊക്കെ മഹാത്മാക്കളാണ് അതുപോലെ നാരദൻ നാരദൻ ആരാണ് നാരം എന്ന് വെച്ചാൽ ആത്മജ്ഞാനം എന്നർത്ഥം നാരം പരമാത്മവിഷയക്കം ജ്ഞാനം ദാതി ഇതി നാരദ പരമാത്മവിഷയകമായ ജ്ഞാനത്തിന് അതിനുവേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കൊണ്ടു കൊടു കൊണ്ടുപോയി കൊടുക്കുന്ന ആള് എന്നുവെച്ചാൽ അവരെ സമീപിച്ച് അതി അതിസുലഭമായി കാരുണ്യവശാൽ കൊടുക്കുന്നവനാണ് നാരദൻ ആ മഹർഷി ദ്വാരപുരീലേക്ക് വരുന്നു എന്തിന് വരുന്നു ഗോവിന്ദഭുജഗുപ്തരം കുരുത്വ അവാത്സീത് നാരദോഭീക്ഷണ കൃഷ്ണോപാസനലാസാ കോജന്യവാൻ മുക്കുന്ദ ചരണുജ്വോ മൃത്യു ഉപാസ്യമരോത്തമൈ हु, हु, न सर्वतो മൃത്യുഹൂ ഭജേത് കോർവത്തോ മൃത്യുഹു ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞു കാശിയിൽ വസിക്കുന്ന സമയത്ത് ആചാര്യസ്വാമികൾ ഒരു ദിവസം കാശി തെരുവിലൂടെ നടക്കുമ്പോ ഒരു വീട്ടിന് മുമ്പിലിരുന്നു ഒരു വൃദ്ധൻ പത്തെപത്തഞ്ച് വയസ്സായിരിക്കുന്നു ഡുഗ്രകരണേ ഡഭുജഷ്പാകെ പഠിച്ചുകൊണ്ടിരിക്കുക വ്യാകരണം ഗ്രാമർ ഗ്രാമർ ചെറുപ്പകാലത്ത് പഠിച്ചാലെങ്കിലും പ്രയോജനമുണ്ട് വയസ്സുകാലത്ത് ഈ ഗ്രാമർ കൊണ്ട് എന്ത് പ്രയോജനം അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്നു ഗ്രാമർ ചിലപ്പോ വയസ്സുകാലമായാലും ചിലർക്ക് ഭഗവത് വിഷയത്തിലും ഇതിലൊന്നും രുചി വരില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഷെയർ മാർക്കറ്റ് തൊണ്ണൂറ് വയസ്സിൽ ഇയാൾ എവിടേക്കാണ് കൊണ്ടുപോകാൻ പോണത് എന്തിനാ ടി വിയുടെ മുമ്പ് നെണിക്കാതെ വയസ്സ് തൊണ്ണൂറായിക്കഴിഞ്ഞു സകല അംഗങ്ങളും ആടുന്നു അംഗം ഗളിതം ഫലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോയാതി ഗൃഹിത്വാദണ്ഡം തദവിന മുഞ്ചതി ആശാപിണ്ഡം അപ്പൊ ആ വാർദ്ധക്യദശയിലെങ്കിലും വൈരാഗ്യം വരണം അല്ലെ ചെറുപ്പകാലത്ത് വന്നിട്ടില്ലെങ്കിലും പോട്ടെ വാർദ്ധക്യ ദശയിലെങ്കിലും വൈരാഗ്യം വരണം അതില്ലാതെ വാർദ്ധക്യ ദശയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്തെങ്കിലും പഠിക്കുകയാണോ വ്യാകരണം അപ്പോഴാണ് പറഞ്ഞത് സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹിതക്ഷീടു കരണേ സംപ്രാപ്തേ സന്നിഹിതേ കാലെ യമൻ പുറകൻ നടക്കുന്നു സന്നിഹിത എന്നാണ് അടുത്ത് നിൽക്കണമെന്നാണ് എന്ന് വെച്ചാൽ ആ വൃദ്ധന് മാത്രമല്ല എല്ലാവർക്കും എപ്പോ വേണമെങ്കിലും വരാം വയസ്സാവുമ്പോൾ കൂടുതൽ യമൻ നമ്മളെ ഇൻഫർമേഷൻ തരാതെ വരുന്ന ആളാണ് യമൻ എന്ന ആളുകൾ പറയും അങ്ങനെയല്ല യമൻ എത്രയോ ടെലഗ്രാം അടിക്കുന്നു ഓരോ തലമുടിയായി നിരക്കുന്നു ഓരോ തലമുടി നിരയ്ക്കുമ്പോഴും ഓരോ ടെലഗ്രാം അടിക്കുന്നു ഓരോ പല്ലായിട്ട് ഇളകാൻ തുടങ്ങുമ്പോഴൊക്കെ ഓരോ ഫോൺ കോളാണ് യമന്റെ ഞാൻ വരാനായിട്ടോ പുറപ്പെട്ടു പോത്തിന്റെ മേലല്ലേ അപ്പം പതുക്കേ വരുള്ളൂ പതുക്കെ വരുമ്പോൾ ഓരോ സ്റ്റേഷനിൽ ഓരോ ടെലിഗ്രാം തരും നമുക്ക് അതാണ് പല്ല് അണകുക തലമുടി നിറയ്ക്കുക കൊഴിയുക അംഗങ്ങൾ ചലിക്കുക ഓരോന്നും ഓരോ ഇൻഫർമേഷനാണ് ഇത്ര ഇൻഫർമേഷൻ തന്നിട്ട് തലമുടി നിരച്ചാൽ കറുപ്പിച്ചു പല്ല് പോയാൽ വെച്ചു യമൻ ഇത്ര ഇൻഫർമേഷൻ തന്നിട്ട് നമ്മൾ കേട്ടിട്ടില്ലെങ്കിൽ നമ്മൾ യമൻ എന്ത് ചെയ്യും പാവം യമന്റെ കുറ്റമല്ല അപ്പോ സംപ്രാപ്ത സന്നിഹിതേ കാല യമൻ കാലം അടുത്തു വന്ന് നിൽക്കുന്നു എന്നെ ഈ ഡുക്രിഞ്ഞ കരണയെ ഒന്നും ഷെയർ മാർക്കറ്റ് ഒന്നും രക്ഷിക്കില്ല ഇതൊക്കെ അടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നു എന്ത് പ്രയോജനം എല്ലാം സമ്പാദിച്ചു വെച്ചു എന്തെങ്കിലുമൊക്കെ കൂടെ കൊണ്ടുപോവാൻ പറ്റുമോ എന്തെങ്കിലുമൊക്കെ ഇത് കഴിഞ്ഞിട്ട് വല്ലതും കൊണ്ടുപോവാൻ പറ്റുമോ നീലകണ്ഠ ദീക്ഷിതർ പറഞ്ഞു ഒരാൾ പറഞ്ഞു എന്റെ പണമൊക്കെ പൊതിയാക്കി കെട്ടിയിട്ട് കഴുത്തിൽ കെട്ടി സമുദ്രത്തിൽ ചാടും സമുദ്രത്തിൽ ചാടിയാൽ യമലോകത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല സമുദ്രത്തിൽ കിടക്കും അത്രയുള്ളൂ യാതൊരു ഇവിടുന്ന് അങ്ങോട്ട് പോവാൻ ഇതൊന്നും കൊണ്ടുപോവാനുമില്ല ഒരു പ്രയോജനത്തിനുമില്ല അവസാന കാലത്ത് യക്ഷവിത്വം എന്നാണ് യക്ഷന്മാര് പണം ചേർത്ത് വയ്ക്കും പ്രയോജനപ്പെടുത്തില്ല താനും ഉപയോഗിക്കില്ല മറ്റുള്ളവർക്കും കൊടുക്കില്ല അപ്പോ നഹിനഹിരക്ഷതീ ഇടുക്കിഞ്ഞു കരണേ തന്റെ ഈ വ്യാകരണം ഒന്നും പ്രയോജനപ്പെടില്ല സർവത്തോ മൃത്യു എവിടെ തിരിഞ്ഞു നോക്കൂ മൃത്യു കണ്ടിട്ടില്ലേ തനിക്ക് തൊണ്ണൂറ് വയസ്സായി എത്ര നാൽപ്പത് വയസ്സുള്ളവർ മരിക്കണത് കണ്ടില്ലേ മുപ്പത് വയസ്സുള്ളവർ മരിക്കണത് കണ്ടില്ലേ തന്റെ ബന്ധുക്കൾ മരിക്കണത് കണ്ടില്ലേ നമ്മളുടെ മരണത്തിനേക്കാളും നമുക്ക് ഭയങ്കര എന്താ നമുക്ക് പ്രിയപ്പെട്ടവരുടെ മരണം അല്ലെ ആലോചിച്ചു പരമാർത്ഥം നമ്മളുടെ മരണം നമുക്കറിയില്ല പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണം ഏറ്റവും വേദനാജനകമാണ് അതാണ് വിയോഗ ദുഃഖം എന്ന് പറയുന്നത് സംയോഗത്തിൽ വിയോഗ ഭയം എവിടെ നോക്കിയാലും നമ്മൾ ഒരു വസ്തുവിനെ ആസ്വദിക്കുമ്പോൾ തന്നെ അത് നമ്മൾ വിട്ടുപോകുമെന്നുള്ള പേടി എത്രയോ വലിയ വലിയ രാജാക്കന്മാർ ഭാഗവതത്തിൽ കഥയൊക്കെ പറഞ്ഞിട്ട് വ്യാസഭഗവാൻ അവസാനം പറയുന്നു ഇത്രയൊക്കെ രാജാക്കന്മാരുടെ കഥ പറഞ്ഞത് രാജാക്കന്മാരുടെ സമ്പദ് സമൃദ്ധിയെ കാണിക്കാനല്ല അവരും പോയി എന്ന് പറയാനാണ് എല്ലാരും നശിച്ചു ഒരു കള്ളനെ രാജാവ് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി തൂക്കിക്കൊല്ലാൻ വിധിച്ചു രാജാവിന് തൂക്കിക്കൊല്ലാൻ വിധിച്ചു കള്ളന്റെ പേര് ഭൂക്കുണ്ടൻ രാജാവാരാ ഭൂപതി അല്ലേ രാജാവ് ഭൂപതി അപ്പൊ കള്ളൻ പറഞ്ഞു രാജാവെ എനിക്ക് മരണം പക്ഷെ എനിക്ക് മാത്രം മരണമെന്നും വിചാരിക്കേണ്ട ഞാനൊരു ശ്ലോകം പറഞ്ഞു തരാം ഭട്ടേറും നഷ്ട ഭാരവി സോപി നഷ്ട ഭട്ടി എന്നൊരാളുണ്ടായിരുന്നു അയാൾ മരിച്ചു യമൻ ആൽഫബറ്റിക്കോടല്ല ആളുകളെ പിടിച്ചുകൊണ്ടുവരികയാണ് ഭ എന്ന അയാൾക്ക് പേര് തുടങ്ങി ഭട്ടി അയാൾ മരിച്ചു പിന്നെ ഭാരവി എന്നൊരാൾ ഉണ്ടായിരുന്നു അയാൾ മരിച്ചു ഭാരവി സോപിനഷ്ട എങ്ങനെ നാട്ടിലൊരു ഭിക്ഷുണ്ടായിരുന്നു അയാൾ മരിച്ചു ഭിക്ഷു നഷ്ട ഭീമസേനോപിനി ബി അടുത്തത് ബുക്കുണ്ടോഹം ഞാൻ ബുക്കുണ്ടൻ അടുത്തതെന്താ ഭൂപതിസ്വം ജരാഗന്സം പ്രവിഷ്ട ഞാൻ ബുക്കുണ്ടൻ അങ്ങ് ഭൂപതി എന്റെ കഴിഞ്ഞ ചിലപ്പോ എന്റെ തൂക്ക് എന്നെ തൂക്ക് കയറ്റുന്നതിന് മുമ്പ് അങ്ങ് ഹാർട്ട് അറ്റാക്കിൽ മരിച്ചു പോകും ആരും കണ്ടു അപ്പൊ സർവത്തോ മൃത്യുഹു ആ മൃത്യു ഉള്ളപ്പോ മരണം മുമ്പിൽ കാണുമ്പോ എന്തു വേണം മൃത്യുഞ്ജയനായ ഭഗവാന്റെ ചരണം പിടിക്കണം അല്ലെ മൃത്യുഞ്ജയം മൃത്യുഭയാശ്രിതാം അഹമ്മതിർമൃത്യുപൈതി പൂർവം അതസ്വഭാവാദമൃതു തേ കഥം പുനർമൃത്യുധികവകാശ ഭഗവാൻ രമണ സദർശനത്തിൽ പറഞ്ഞു ഉള്ളതിനാർപ്പതില് വളരെ മനോഹരമായിട്ട് പറഞ്ഞു മരണഭയം മിക്കുളവം മക്കൾ അരണാകമരണഭവം ഇല്ലാ മഹേഷൻ ചരണമേ ശാർവർ ോടു തം ഷാവോടു താൻ ഷാവു ശാവണ്ണം ഷാവറോ ശാവാദവർ മിത്തർ മരണഭയം മിക്ക് ഉള അം മക്കൾ ജനങ്ങള് മരണഭയം ഉണ്ടാവുമ്പോ മരണഭവം ഇല്ലാ മഹേഷൻ ശരണമേർവർ മരണവും ജനനവും ഇല്ലാത്ത ഭഗവാന്റെ ശരണത്തിനെ പിടിച്ചു നിൽക്കും അപ്പൊ എന്താവുന്നു അവരുടെ ഉള്ളിലുള്ള അജ്ഞാനം നശിക്കുന്നു ജീവബോധം നശിക്കുന്നത് അവർക്ക് അമൃതാനുഭവം ഏർപ്പെടുന്നത് പിന്നീട് മരണത്തിനെക്കുറിച്ചുള്ള ചിന്തയേ ഉണ്ടാവുന്നില്ല അപ്പോ സർവത്തോ മൃത്യുഹു ഉപാസ്യം ആ ഇവിടെ ശുഖബ്രഹ്മ മഹർഷി പറയുന്നു മൃത്യുവിനെ കണ്ടാൽ എന്തു വേണം മൃത്യുവിനെ കടക്കാനുള്ള വഴി നോക്കണം ബുദ്ധിയുള്ളവരാണെങ്കിൽ അല്ലാത്തവരോ പാമ്പിന്റെ വായിലിരിക്കുന്ന തവളയെപ്പോലെ ഒരു പാമ്പിന്റെ വായിൽ ഒരു തവള ഇരിക്കും മുമ്പിലൂടെ ഒരു ഈച്ച പറന്നു പോകുന്നു ഈ തവള പാമ്പ് വായ ഒന്ന് ക്ലോസ് ചെയ്താൽ മതി അകത്ത് പോവും മുമ്പുകൂടെ ഈച്ചയെ പിടിക്കാൻ ആവുന്നിട്ടാത്ര അതുപോലെയാണ് മൃത്യുവിന്റെ വായിൽ ഇരുന്നുകൊണ്ടാണ് നമ്മളുടെ രുചിയൊക്കെ എത്ര നേരത്തേക്ക് എത്ര സമയത്തേക്ക് എപ്പോ പോകും എന്നറിയും അപ്പൊ സർവത്തോ മൃത്യുഹു ഒരു സ്ഥലത്തല്ലാ മൃത്യു എങ്ങോട്ട് തിരിഞ്ഞാലും മൃത്യു ആ സമയത്ത് എന്താ വഴി ഉപാസ്യം ഉപാസിക്കണം ആരെ ഉപാസിക്കും ആര് നമ്മളെ മൃത്യുവിൽ നിന്ന് രക്ഷിക്കാൻ ശക്തനോ അവരെ ഉപാസിക്കണം അല്ലെ വേറെ ആരെയും രക്ഷയില്ല ഗർഭത്തിൽ ഉത്തരയുടെ ഗർഭത്തിൽ തീ കോരിയിട്ട പോലെ വേദന എന്താന്ന് നോക്കിയാൽ അശ്വത്ഥാമാവിന്റെ അസ്ത്രം ഉത്തര ഓടിച്ചെല്ല ആരെടുത്ത് ചെല്ലും കൊട്ടാരം വൈദ്യന്മാരുടെ പ്രയോജനമില്ല ഭീമസേനൻ ഗംഭീരമായിട്ട് നിൽക്കണോ പ്രയോജനമില്ല കയ്യിൽ ധനുസോടുകൂടെ അർജുനൻ നിൽക്കണോ പ്രയോജനമില്ല ധർമ്മപുത്രം നിൽക്കണോ പ്രയോജനമില്ല ഇവരൊക്കെ മുമ്പിൽ നിൽക്കുമ്പോഴും ഉത്തരപാഹിപാഹി മഹായോഗിൻ ദേവദേവ ജഗത്പഥേ നാന്യം ത്വദഭയം പശ്യേ എത്ര മൃത്യുഹൂ പരസ്പരം ഹേ മഹായോഗിയായിട്ടുള്ള ഭഗവാനെ എന്നെ രക്ഷിക്കൂ ഇവരുടെ അടുത്തൊക്കെ പോയിക്കുള്ള പോയിക്കൂടെ അവർക്കും മൃത്യുവുണ്ട് അവരെങ്ങനെ നമ്മളെ രക്ഷിക്കും എത്ര മൃത്യുഹൂ പരസ്പരം ഒരു ഡോക്ടർ പറഞ്ഞു ഒരു പേഷ്യന്റ് അടുത്ത് വളരെ സീരിയസ് ആണ് പേടിക്കേണ്ട നാളെ ഞാൻ ഓപ്പറേഷൻ ചെയ്ത് രക്ഷിക്കാം അടുത്ത ദിവസം രാവിലെ ഡോക്ടർ വന്നില്ല എന്താണെന്ന് വെച്ചാൽ അന്ന് രാത്രി ഡോക്ടർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി ഇമ്മൻസ് അറ്റാക്ക് അപ്പ തന്നെ പോയി എന്ത് ചെയ്യാൻ പറ്റും എത്ര മൃത്യുഹൂ പരസ്പരം സർവത്ര മൃത്യുവാണിവിടെ അപ്പോ ആ മൃത്യു കാണുമ്പോൾ നമുക്ക് ആത്യന്തികമായ രക്ഷ എവിടെയുണ്ട് തൽക്കാല രക്ഷ ലോകത്തിലുണ്ട് ആത്യന്തികമായിട്ടൊരു രക്ഷ എവിടെ ആ രക്ഷ ഉപാസ്യം ഗോവിന്ദ ചരണം കോനുരാജന് ഇന്ദ്രിയവാൻ മുകുന്ദ ചരണാംബുജം മുകുന്ദദാതീതി മുകുന്ദക്തിയെ കൊടുക്കുന്നവൻ സ്വാതന്ത്ര്യത്തെ കൊടുക്കുന്നവൻ പരമാത്മാനുഭവത്തിനെ കൊടുക്കുന്നവൻ എന്നുള്ളത് കൊണ്ട് മുകുന്ദൻ എന്ന് ഭഗവാന പേര് ഭഗവാന് മുകുന്ദൻ എന്ന് പേര് അപ്പോ മുകുന്ദ ചരണാംബുജം ഭജേത് അറിവുള്ളവൻ ഭജിക്കണം ഭജ ഗോവിന്ദൻ ഭജ ഗോവിന്ദൻ ഗോവിന്ദം ഭജ മൂഢമതി ഗോവിന്ദനെ ഭജിക്കണം എന്തിനാ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയില്ല മൃത്യു ഓടിച്ചുകൊണ്ട് നടക്കുന്നു പുറമെ അതുകൊണ്ട് നാരദ മഹർഷി സർവത്തോ മൃത്യുഹു എല്ലാ സ്ഥലത്തും മൃത്യുവിനെ കണ്ടതുകൊണ്ട് കൃഷ്ണന്റെ അടുത്തിരിക്കാനായിട്ട് ദ്വാരകയിലേക്ക് വന്നു കൃഷ്ണ ഉപാസനാലസഹ ഉപാസനം എന്ന് വെച്ചാൽ എന്താ ഉപാസനം എന്ന് വെച്ചാൽ അടുത്തിരിക്കൽതാണ് അർത്ഥം ഉപസമീപേ വാസഹ ആസനം എപ്പോഴും സത്സംഗത്തിലും അങ്ങനെയാ അടുത്തിരിക്കാം ഉപനിഷത്ത് അടുത്തിരുന്ന കേൾക്കുക അല്ലെ നാളെ ഈ സീറ്റ് കുറച്ചൊന്ന് ഉയർത്തിയിടണം അപ്പോ പുറകെ ഇരിക്കുന്നവർക്കൊക്കെ കാണാം പുറകെ ഇരിക്കുന്നവർക്കൊക്കെ ഒരു അടുപ്പം തോന്നും ഇപ്പൊ പുറകെ ഇരിക്കുന്നവരെ എനിക്കും കാണാൻ വയ്യ അവർക്ക് എങ്ങടും കാണാൻ പറ്റില്ല ഉപാസന ഉണ്ടാവണം ഉപാസന ഉണ്ടായാലേ കേൾക്കുമ്പോ പ്രയോജനം ഉണ്ടാവുള്ളൂ മുഖത്തോട് മുഖം കാണാൻ കഴിയണം അപ്പോ മുന്ത ചരണം ഭുജം ഭജേറ്റ് ഭഗവാനെ ഭജിച്ചിട്ടില്ലെങ്കിൽ മൃത്യുവെടുത്തുകൊണ്ടുപോകും മരണം എടുത്തുകൊണ്ട് പോകും അതുകൊണ്ട് നാരദ മഹർഷിക്ക് മൃത്യുവല്ല നമുക്കൊക്കെ വഴി കാണിച്ചു തരാനായിട്ട് നാരദര് ഭഗവാനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വന്ന് കാണുക ദ്വാരകയിൽ ഭഗവാനെ കാണുന്നു മഹാത്മാക്കൾ ദിവ്യക്ഷേത്രങ്ങളിലേക്കൊക്കെ പോകുന്നു അവർക്ക് ക്ഷേത്രത്തിൽ പോയി എന്ത് കിട്ടാനുണ്ട് അവര് പോകുന്നത് നമുക്ക് വഴി കാണിക്കാനായിട്ട് ഉള്ളൂ അല്ലെങ്കിൽ അവരേ പോകുന്നില്ലേ പിന്നെ നമ്മൾ എന്തിനും പോണം അല്ലേ അപ്പോ മഹാത്മാക്കൽ ക്ഷേത്രങ്ങൾ ആചാര്യസ്വാമികൾ ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് ഓരോ ക്ഷേത്രങ്ങൾ മല്ലികാർജുന ക്ഷേത്രത്തിൽ ശിവാനന്ദ ലഹരി എഴുതി സുബ്രഹ്മണ്യ ഭുജംഗം എഴുതി സൗന്ദര്യ ലഹരി എഴുതി സ്തോത്രങ്ങളും മറ്റുമൊക്കെ പല സ്ഥലങ്ങളിലും ചെയ്ത് പല ദിവ്യക്ഷേത്രങ്ങളും ദർശിച്ചു കാരണം എന്താ നമുക്ക് ദിവ്യക്ഷേത്രങ്ങളിലേക്ക് പോവാനുള്ള രുചിയുണ്ടാവും നാരദ മഹർഷിയും കാണിച്ചു ഇവിടെ ദ്വാരകയിൽ നാരദൻ വന്നു ദ്വാരക ദ്വാരകയിൽ നാരദൻ വന്നപ്പോ ആ വാർത്ത കേട്ടതും വസുദേവർ ഓടി വന്നു ഓടി വന്ന് മഹാത്മാക്കളെ ആദരിക്കാൻ അറിയണം അല്ലെ ആദരിക്കാനുള്ളത് അതൊരു ഒരു ഒരു ഹൃദയത്ത് നിന്ന് വരെയാണ് ആർട്ടിഫിഷ്യലല്ല അതെവിടുന്ന് വരുന്നു നമുക്ക് കിട്ടേണ്ട വിദ്യ അവിടെ ഉണ്ട് എന്ന് അറിയുമ്പോൾ നാച്ചുറലായിട്ടുള്ള ഭാവമാണ് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഭാവമാണ് അല്ലെങ്കിൽ ബഹുമാനമേ ഉണ്ടാവും വലിയൊരു കലാകാരൻ ഒരിടത്ത് ഭാഗവതം നടക്കുന്നു അദ്ദേഹം സദസ്സിലുണ്ട് അദ്ദേഹം എങ്ങനെയാ എന്ന് വെച്ചാൽ ചേരലിരുന്നു രണ്ടു കാലം അടുത്ത ചേരലും മേലെ അദ്ദേഹം അത് അതിനുശേഷം ഒരു കലാപരിപാടി നടത്തി ഇവിടെ ഭാഗവതം ഭാവം വളരെ പ്രധാനം വസുദേവർ നാരദ മഹർഷി വരുന്നു എന്നറിഞ്ഞതും വന്ന് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു ഭഗവാനെ അവിടുന്ന് എത്ര കരുണ കാരുണ്യം ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് ഇങ്ങോട്ട് വന്നിരിക്കുന്നു അങ്ങേക്ക് എന്ത് കിട്ടാനുണ്ട് ഭഗവത് ഭഗത്തോ യാത്ര സ്വസ്ഥയേ സർവദേഹിനാം എല്ലാവർക്കും സ്വസ്തി ഉണ്ടാവണം മംഗളം ഉണ്ടാവണം ശാന്തി ഉണ്ടാവണം അതിനു വേണ്ടിയിട്ടല്ലേ स्वस्थये സ്വസ്ഥയെ കൃപണാ യഥാ പിത്രോ ഉത്തമശ്ലോക ഉത്തമശ്ലോകവർമനം ഭഗവാനെ അനുസരിച്ച് ഉള്ള ഭക്തന്മാര് ഭഗവത് ദർശനം നേടിയ ജ്ഞാനികൾ ലോകത്തിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു ശങ്കരാചാര്യരെ പോലെ നാരദ മഹർഷിയെ പോലെ അവര് സഞ്ചരിക്കാൻ അവരൊരിടത്തിരുന്നാലും പ്രയോജനമുണ്ടാവും സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുന്നത് എന്തിനാ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ രോഗേ ചരതി സൂര്യവത്ത് സൂര്യനെ പോലെ പ്രകാശം വിതറിക്കൊണ്ടും ദുഃഖിക്കുന്ന ശൂന്യം ആപൂർണതാമേടി മൃത്യുരപി അഭൃതായത്തെ ആപദ് സമ്പതിവാഭാതി വിദ്വജ്ജന സമാഗമാത് രോഗവാസിഷ്ഠത്തില് വസിഷ്ഠൻ പറയുന്നു ഒരാള് ജീവിതത്തിൽ എല്ലാം തകർന്നു എന്ന് പറഞ്ഞു ശൂന്യമായിട്ട് ഇരിക്കും അപ്പോ ഒരു സാധു കയറി വരികയാണെങ്കിൽ ആ പൂർണ്ണതാമേറ്റി ആ ശൂന്യഭാവം പോയിട്ട് പൂർണ്ണഭാവം ഉള്ളവരും ഉണ്ടാവും എന്താ ആശ്വസിപ്പിച്ചിട്ടും ജീവിതത്തിന്റെ മുഖ്യമായ ലക്ഷ്യം എന്താണെന്ന് കാണിച്ചു കൊടുത്തും അതുഖം നീക്കാം മൃത്യുരപി അമൃതായത്തെ തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവര് മരിച്ചുപോയിരിക്കുന്നു എന്ന് തോന്നുന്ന സ്ഥലത്ത് പോയി ബ്രഹ്മവിദ്യ പറയുകയാണെങ്കിൽ മൃത്യു പോലും അമൃതമായിട്ട് തോന്നും മൃത്യുരപി അമൃതായത്തെ പണമൊക്കെ നഷ്ടമായി പരമദാരിദ്ര്യത്തിലിരിക്കുമ്പോ ഒരു സാധു അവിടെ ചെന്നിട്ട് പേടിക്കേണ്ട ഈ പണമൊക്കെ അനിത്യമല്ലേ ഇന്നാണെങ്കിലും വിട്ടുപോകും ദാരിദ്ര്യം ഒരു വിധത്തിൽ നല്ലതാണ് നമ്മളുടെ ആശ്രയദോഷമൊക്കെ പോയി കിട്ടും നമ്മളുടെ പ്രാരബ്ധമൊക്കെ പോയി ഈ പണം കൊണ്ടൊന്നുമല്ല നമ്മൾ സുഖമായിട്ടിരിക്കുന്നത് നമുക്ക് ആവശ്യമുള്ളത് എന്താ ലോകത്തിൽ ഉണ്ണണം ഉറങ്ങണം അത് കഴിഞ്ഞാൽ ഈ ശരീരം കൊണ്ട് എന്ത് ചെയ്യുന്നു ഭഗവത് ഭജനം ചെയ്യണം ഭക്തി ചെയ്യണം ആത്മോപചാരം ചെയ്യണം ധ്യാനം ചെയ്യണം അതിനല്ല ജീവിതം പ്രയോജനപ്പെടുത്തേണ്ടത് എന്ന് പറയുമ്പോ ആപത് സമ്പതിവാഭാതി ആപത്ത് വലിയ അനുഗ്രഹമാണോ എന്ന് തോന്നുന്നു ആരായണപ്പെട്ടത് എനിക്ക് ആപത്ത് വന്നപ്പോ ഗുരുവായൂരപ്പനോട് പറയുന്നു ഈ രോഗമാണ് എനിക്ക് വലിയ സമ്പത്ത് കാരണം എന്താ ഈ രോഗം വന്നതുകൊണ്ട് എനിക്ക് ഗുരുവായൂരപ്പനെ കിട്ടി അല്ലെങ്കിലോ ഞാൻ പണ്ഡിത സദസ്സിലും അവിടെയും ഇവിടെ നടക്കും വേദാന്ത വിചാരണത്തിലേക്ക് വേദാന്ത ചിന്താമപ്പി ശ്വഹ ശ്വഹ ഇ നാളെ നാളെ നാളെ എന്ന് നീട്ടിവയ്ക്കും ഈ രോഗം വന്നതുകൊണ്ട് ഭഗവാന്റെ അടുത്തെത്തി അപ്പോ ആപത്സമ്പതിവാഭാതി വിദ്വജ്ജന സമാഗമാ സാധുക്കളുടെ സംഗമത്തിൽ ഏർപ്പെടുമ്പോൾ നെഗറ്റീവായിട്ടുള്ളതൊക്കെ പോസിറ്റീവായിട്ട് തോന്നും വിഷമങ്ങളൊക്കെ അമൃതാനുഭവമായിട്ട് തോന്നും അതുകൊണ്ട് നാരദരെ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നു ഞങ്ങളൊക്കെ കൃപണന്മാര് കൃപണൻ എന്നുള്ള വാക്കിന് പല അർത്ഥങ്ങളുണ്ട് ആ വാക്ക് തന്നെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താ കൃ പൃ പൃ പ ചെയ്യ വാങ്ങിക്കാങ്ങിക്ക വാങ്ങിക്കുക ഇത് മാത്രം അറിയുന്നവരാണ് കൃപണന്മാർ ഒരു സാധു സ്വാമി മുക്താനന്ദ നിത്യാനന്ദ അദ്ദേഹം അവതൂതനായിട്ട് നടക്കുന്നു ഒരു വീട്ടിന് മുമ്പിൽ ചെന്ന് ഭിക്ഷ ചോദിച്ചു ഭിക്ഷ ചോദിച്ചപ്പോ ആ വീട്ട് യജമാനം പറഞ്ഞു നല്ല ശരീരം നല്ല ബലിഷ്ഠമായ ശരീരം ഭിക്ഷയാജിച്ച് നടക്കണമല്ലോ ഇവിടെ വിറകുണ്ട് ആ വിറകൊക്കെ കീറി മുറിച്ച് അടുക്കി വയ്ക്കും എന്നാൽ ആഹാരം തരാം പണവും തരാം ഓ ശരി മഴുവെടുത്തു ക്ലീനായിട്ട് വെട്ടി മുറിച്ച് വിറക് അവിടെ വെച്ചു അടുക്കി വെച്ചിട്ട് ഇറങ്ങിപ്പോയി ഏ കൂലി വാങ്ങിക്കാതെ പോകുന്നല്ലോ ഊണ് കഴിച്ചില്ലല്ലോ ഞങ്ങൾ പണി ചെയ്യുന്നിടത്ത് കൂലി വാങ്ങിക്കാറില്ല കൂലി വാങ്ങിക്കുന്നിടത്ത് പണിയും ചെയ്യാറില്ല ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നിടത്ത് കൂലി പണി ചെയ്യുന്നിടത്ത് ഭക്ഷണം കഴിക്കാറില്ല ഭക്ഷണം കഴിക്കുന്നിടത്ത് പണിയും എന്ന് വെച്ചാൽ ചെയ്യുക അതിന് വാങ്ങിക്കുക എന്നുള്ള സ്വഭാവമല്ല ലോകത്തിൽ പരസ്പരം പ്രേമം കൊണ്ട് ചെയ്ത് കൊടുക്കാം കിട്ടുന്നത് വേറെ അത് അവർക്ക് ഇഷ്ടം കൊണ്ട് തരണമോ ശരി ഞാൻ ഇഷ്ടം കൊണ്ട് കൊടുക്കണമോ ശരി അത് എന്തിനെങ്കിലും വേണ്ടി പകരമല്ല എന്നാണ് പക്ഷെ ഈ പകരം ചെയ്ത് ചെയ്ത് ചെയ്ത് പണിക്ക് കൂലി പണിക്ക് കൂലി എന്ന് ചെയ്തിട്ടാണ് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മളെയൊക്കെ ബന്ധിച്ച സാധനം കർമ്മമെന്നറിയണം ഞാണപ്പാനയില് പൂന്താനം പറയുന്നത് നമ്മളെയൊക്കെ ബന്ധിച്ചിരിക്കുന്നത് കർമ്മമാണ് അത് എങ്ങനെയുള്ള കർമ്മം ഫലേ ചെയ്യാനുള്ള കർമ്മം എന്ത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും എന്ത് കിട്ടും എന്താ ലാഭം അത് കഴിഞ്ഞ് എന്ത് കിട്ടും എന്ത് കിട്ടും കിട്ടി കിട്ടി കിട്ടിയിട്ടാണ് നമ്മൾ കെട്ടിയിട്ടിരിക്കുന്നത് നമ്മുടെ അപ്പോ കൃപണന നമ്മൾ കൃപണന്മാരെ എന്ന് വസുദേവർ പറയുന്നു കാരണം എന്താ ഈ കർമ്മം ചെയ്യാ കർമ്മം ചെയ്യാൻ കർമ്മം ചെയ്യാൻ ഈ ഒരു വട്ടത്തിൽ വെട്ടുകിടക്കുകയാണ് അതുകൊണ്ട് പ്രഭു ആ ഒരു വട്ടത്തിൽ നിന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ അങ്ങയെ പോലെയുള്ള മഹാപുരുഷന്മാർ വന്ന് വഴി കാണിക്കണം പറഞ്ഞു എനിക്ക് ഭാഗവതം പറഞ്ഞു തരുമോ ഭാരത മഹർഷി ആശ്ചര്യത്തോടെ നോക്കി ആരാ ഭാഗവതം ചോദിക്കണത് സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാന്റെ അച്ഛനായ വസുദേവർ വസുദേവർക്ക് ഭഗവാന്റെ കൂടെ ഇരിക്കുന്ന വസുദേവർക്ക് ഭാഗവതം പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഭാഗ്യം ആലോചിച്ചാൽ ആശ്ചര്യം ഞാൻ രമണാശ്രമത്തിൽ പ്രഭാഷണം ചെയ്യും മഹർഷിയെ കണ്ടിട്ടുള്ളവര് മഹർഷിയുടെ പേരക്കുട്ടികൾ എന്ന് വെച്ചാൽ മഹർഷിയുടെ അനുജനായിരുന്ന നിരഞ്ജനാനന്ദ സ്വാമിയുടെ മക്കൾ ഇപ്പോഴത്തെ പ്രസിഡന്റ് മഹർഷിയെ എടുത്തു വളർത്തി കൊടുത്ത പഴയ പ്രസിഡന്റ് അവരൊക്കെ മുമ്പിലിരിക്കും അവരൊക്കെയാണ് കേൾക്കാനായിട്ട് അപ്പൊ അവരെടുത്ത് പറയുക എന്ന് പറയുമ്പോ ഏത് മഹർഷിയുടെ ബ്രഹ്മവിദ്യയാണോ പുറത്ത് പറഞ്ഞ ആ ബ്രഹ്മവിദ്യ ആ സമ്പ്രദായത്തിലുള്ളവര് അവിടെയുള്ളവര് ആ സമ്പ്രദായത്തിൽപ്പെട്ടവർ അവരോട് വളരെ അടുത്തവര് അവരെ വെച്ചുകൊണ്ട് പറയുമ്പോ എങ്ങനെ ഉണ്ടാവും അതേ സ്ഥാനത്തില് അതേപോലെ ഇവിടെ നാരദ മഹർഷി സാക്ഷാത് അച്ഛൻ അച്ഛന് ഭാഗവത ധർമ്മം പറയണം എന്ന് കേൾക്കുമ്പോ നാരദന് വലിയ സന്തോഷം ആ ഞാൻ പറഞ്ഞവരായിരിക്കൂ എന്ന് ഉള്ള ഭാവത്തിലല്ല സന്തോഷിച്ചു ഭാഗവതം പറയുമ്പോ ഉപനിഷത്ത് പറയുമ്പോൾ വേണമെങ്കിൽ ഗുരുശിഷ്യ ബന്ധമുണ്ടാവും ഭാഗവതത്തിൽ ഗുരുശിഷ്യ ബന്ധമേ ഇല്ല ഇവിടെ ഗുരുശിഷ്യ ബന്ധമേ ഇല്ല പറയുന്നവനും കേൾക്കുന്നു കേൾക്കുന്നവനും കേൾക്കുന്നു ഒരാൾ പറയും വേറെ ഒരാൾ കേൾക്കും ഒരാൾ പറയും വേറെ ഒരാൾ കേൾക്കും ശുശ്രൂഷമോ അപരെ ശ്രുതി കീത ആരംഭിക്കുമ്പോൾ ഒരാൾ നാലുപേർ സനകസനന്ദന സനകുമാരാദികൾ ഇരിക്കുമ്പോൾ ഒരാൾ പറയും മറ്റുള്ളവർ കേൾക്കും അത് ഒരാൾ പറയും മറ്റുള്ളവർ കേൾക്കും എല്ലാവരും അനുഭവിക്കലാണ് ഭാഗവത ധർമ്മത്തിൽ ഞാൻ ഗുരു മറ്റുള്ളവർ ശിഷ്യൻ എന്നുള്ള ഭാവത്തിന് സ്ഥാനമേയില്ല അതുകൊണ്ട് നാരദ മഹർഷിക്ക് ഇദ്ദേഹം എന്തോ നമ്മളോട് ഉപദേശം ചോദിക്കുന്നു ഞാൻ ആചാര്യനായിട്ട് ഉപദേശിക്കുന്നു അദ്ദേഹത്തിന് തോന്നിയില്ല അദ്ദേഹം പറഞ്ഞു അങ്ങ് എന്നെ അനുഗ്രഹിച്ചു നയാ പരമകല്യാണ പുണ്യശ്രവണ കീർത്തന സ്മാരിത്തോ ഭഗവാൻ അദ്ദേശ क्जाया भक््रीकाग्रह भक्ति भक्ति कट्ट अुभविक साधना भक्ति पराभक्ति साधना भक्ति ज्ञानानुभवे पराभक्ति को ആ പരാഭക്തി പൂർണാനുഭവമാണ് അപ്പൊ നാരദ മഹർഷി പറയുന്നു അവിടുന്ന് ചോദിക്കുമ്പോ ഞാൻ ഭഗവാനെ സ്മരിക്കും ഭഗവാനെ പറയും അതുകൊണ്ട് അങ്ങ് എനിക്ക് അനുഗ്രഹം ചെയ്തു നിങ്ങൾ അനുഗ്രഹം ചെയ്തതുകൊണ്ട് ഞാനിതവിടെ ഭാഗവതം പറഞ്ഞുകൊണ്ടിരിക്കും ഏത് ഭാഗവതം സുഖബ്രഹ്മ മഹർഷി പറയുന്നു ഏത് ഭാഗവതം വ്യാസഭഗവാൻ രചിച്ചോ ആ ഭാഗവതം ഇവിടെ ഒരാളിവിടെ വന്നിരുന്നു പറഞ്ഞു അപ്പൊ ഭാഗ്യവാൻ ആരാ ഈ പറയുന്ന ആളാണ് ആദ്യത്തെ ഭാഗ്യവാൻ മൂന്നുപേരെയും ഈ ഭാഗവതധർമ്മം പറയുന്ന ആളെ കേൾക്കുന്ന ആളെ അതിനെ ഏർപ്പാടാക്കിയ ആളെ അല്ലെ ഏർപ്പാടാക്കിയ ആള് പ്രത്യേകം പറയണോ ഏർപ്പാടാക്കിയ ആളുകളും കേട്ടുകൊണ്ടിരിക്കുന്നു പക്ഷെ ചില സ്ഥലങ്ങളിൽ ഏർപ്പാടാക്കിയിട്ട് ഒരുപോക്ക് പോവും അതുകൊണ്ടാണ് അവരെയും പ്രത്യേകിച്ചെടുത്തു പറഞ്ഞത് അപ്പൊ മൂന്ന് പേരും വക്താരം പൃച്ഛകം ശ്രോത്രി തത്താദ സലിലം യഥ ഭക്താവിനെയും ശുദ്ധമാക്കുന്നു പൃച്ഛകളെയും ശുദ്ധമാക്കുന്നു ശ്രോതാവിനെയും ശുദ്ധമാക്കുന്നു അതുകൊണ്ട് ആ ഭാഗവതധർമ്മം പറയൂ എന്ന് പറഞ്ഞപ്പോ ആഹ എന്തു ഭാഗ്യം ആരെങ്കിലും ഒരാള് ലോകത്തിൽ പറയൂ എന്നൊരു വരൂ എല്ലാരും കേൾക്കാതെ തമിഴ് സിദ്ധൻ പാടി എല്ലാരും വരൂ കാക്കയ്ക്ക് നാല് വെറ്റിട്ട് കൊടുക്കുമ്പോ കാക്ക നാട്ടിലിരിക്കണ കാക്കകളെയൊക്കെ ക കാക്ക എന്ന് വന്ന് വിളിക്കുമ്പോ എനിക്കിവിടെ അമൃതാനുഭവം കിട്ടിയപ്പോ നിങ്ങളെയൊക്കെ വിളിക്കാതിരിക്കോ വരിക കേൾക്ക കകൽ ഉറവ് കലണ്ട് ഉണ്ണക്കണ്ടീരും അഖണ്ഡാകാര ശിവഭോഗകൾ പൊങ്കിത്തതുമ്പി പൂരണമായി ഏകമുറുവായി കിടക്കുത് അയ്യോ അയ്യോ നമ്മൾ അയ്യോ എന്ന് വെച്ചാൽ എക്സ്പ്ലനേഷൻ വേട് തോന്നുമ്പോഴോ വിഷമം തോന്നുമ്പോഴോ വേദന തോന്നുമ്പോൾ ആശ്ചര്യം തോന്നുമ്പോഴും ആനന്ദം തോന്നുമ്പോഴും വിളിക്കും അയ്യോ എന്നാണ് എന്താ അയ്യോ അഖണ്ഡാകാര ശിവഭോഗം നമുക്ക് ലോകഭോഗം ലോകത്തിലുള്ള ഭോഗമൊക്കെ അറിയാം ലൗകികമായ വിഷയഭോഗം അറിയാം ഈ ആചാര്യൻ തായുമാനവ സ്വാമികൾ അദ്ദേഹം പറയുന്നു ശിവഭോഗം ശിവാനുഭവം എന്നുള്ള ഭോഗം ബ്രഹ്മാനുഭവം എന്നുള്ള ഭോഗം ആ ഭോഗം ശിവഭോഗം എങ്ങനെ പേരിൻപ വെള്ളം വെള്ളം നമ്മൾ കുടിക്കുന്ന വെള്ളം തമിഴിൽ വെള്ളം എന്ന് വെച്ചാൽ ഫ്ലഡാണ് വെള്ളപ്പൊക്കം സുനാമി വെള്ളപ്പൊക്കം പോലെ ഫൗണ്ടൻ ഹെഡ് തുറന്ന് വെളിയിലേക്ക് വരുന്ന പോലെ പേരിൻപ വെള്ളം പൊങ്കി പൊന്തി വന്നിട്ട് ഇറ്റ് ഓവർഫ്ലോസ് പൂരണമായി പൂരണമായി ുരുവായി രണ്ടില്ലാത്തതായി ഏകാനുഭവമായി അഖണ്ഡാകാരം അഖണ്ഡാകാര വസ്തുവായി എന്റെ ഹൃദയത്തിന് പ്രകാശിക്കുന്നു എല്ലാവരും ഒന്ന് അനുഭവിക്കുക എന്നാണ് ഒരാള് രണ്ടാളല്ല ജഗത്തിലുള്ള ഒരു മുഴുവൻ ലോകത്തിലുള്ള ഒരു മുഴുവൻ ഇന്ന മതം ഇന്ന ജാതി സ്ത്രീ പുരുഷൻ ഒന്നുമല്ല എല്ലാവരും വരിക കാരണം എന്താ കാക്കം ഉറവ് കലന്ത് ഉണ്ണക്കണ്ടീർ ഒരു കാക്കയ്ക്ക് ചോറ് കൊടുക്കുമ്പോൾ കാക്ക കാക്കകളെ വിളിക്കണത് ഞാൻ കണ്ടിട്ടുണ്ട് അതോ വെറും വെറ്റ് അതിൽ രുചിയില്ലാത്ത വെറും ചോറിട്ട് കൊടുത്തിട്ട് ആ കാക്ക വിളിക്കുകയാണെങ്കിൽ എനിക്ക് ഇത്രയധികം ആനന്ദമുണ്ടായ അനുഭവം ഉണ്ടായ ഞാൻ മാത്രം എങ്ങനെ അനുഭവിക്കും അതുകൊണ്ട് ശൃൺവന്തു വിശ്വേ അമൃതസ്യ പുത്രാഹ ആയെ ധാമാനി ദിവ്യാനി തസ്തുഹു വേദാഹം ഏതം പുരുഷം മഹാന്തം ആദിത്യവന്ദം തപസ പരസ്ഥാത്തലും അമൃതസ്യ പുത്രാഹാനാണ് നിങ്ങളൊന്നും പാവികളല്ല അമൃതാനന്ദത്തിന്റെ അരുമക്കിടാങ്ങളേ എന്നാണ് സംബോധന ആസ്വദിക്കാതെ വരൂ ഈ അമൃതാനുഭവം നമുക്ക് ചേർന്ന് ആസ്വദിക്കാം അനുഭവിക്കാം ഭാഗവതം എന്നുള്ള അമൃതം അനുഭവം തേനി ആ അമൃതത്തിന് ഇവിടെ വസുദേവർ നമുക്കൊക്കെ ആയിക്കൊണ്ട് നാരദ മഹർഷിയോട് ചോദിക്കാം ഒരാൾ ചോദിക്ക ചോദിക്കണ ആളോ ഉണ്ടാവണമല്ലോ പറയാനായിട്ട് താലു കറക്കാൻ ആദ്യം പശുക്കുട്ടി ഇവിടും പശുക്കുട്ടി പോയി അവിടുന്ന് ഇടിച്ചു കഴിഞ്ഞാൽ താല് കറക്കും കുറച്ചു കുടിച്ചാൽ മാറ്റിക്കെട്ടും അല്ലെ അപ്പൊ അതുപോലെ ആരെങ്കിലും ഒരാണ് പാർത്ഥവത്സഹ ശ്രുധീ ഭോക്ത അതെങ്ങനെ അർജുനൻ പശുക്കിടാവ് പാലു കുടിക്കുന്നത് നല്ല ബുദ്ധിയുള്ളവര് എന്ന് വെച്ചാൽ അർജുനോട് ബുദ്ധി പോരാ എന്നർത്ഥം അർജുനൻ ഗീത കേട്ടിട്ട് പിന്നെയും കുറച്ച് ദിവസമൊക്കെ പിന്നെയും ലൗകികത്തിൽ നടന്നു ചിലരൊക്കെ ഗീത കേട്ടാ അപ്പൊ തന്നെ അപ്പോ ഈ ബ്രഹ്മവിദ്യയും ഈ സത്സംഗത്തിന് ഭാഗവതധർമ്മം നാരദ മഹർഷി ചോദിക്കുന്നു വസുദേവർ ചോദിക്കുന്നു നാരദര് മിനി നവയോഗി സംവാദ രൂപത്തിൽ ഭാഗവത അവതരണം ചെയ്യാൻ പോകുന്നു അത് നമ്മള് നാളെ കാണാം സർവത്ര ഗോവിന്ദന സംകീർത്തനം ഗോവിന്ദ ഗോവിന്ദം സത്യ നമന്ത് നിമകം പരമാകാശം ഗോഷപ്രാങ്കണരിണലോലമ പരമായാസം മായാക്കാ ഭുവന ഥമം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിന്ദം പരമാനന്ദ മൃത്സ്നീഹേതിയശോകൈശവസന്സം വ്യാധവക്ലോകലോകാലോകർദോക ലോകത്രയ പുരമൂല സ്തം ലോകോകമോക്കം ലോകേശം പരമേശം പ്രണമത ഗോവിന്ദം പരമാനന്ദം ോവിന്ദം പരമാനന്ദം ഭജ ഗോവിനന്ദോവിന്ദം പരമാനന്ദം ഭജവിരമാനന്ദം ത്രൈവിഷ്ട്രിപുവീരഘ്നം കിതിഭാരഘ്നംഘ്നം കൈവല്യം നവനീതാഹാരം ഭുവനം വൈമലയസ്ഫുടേ വൃത്തിവിശേഷാഭാസമല ശാ പ്രണമത ഗോവിനന്ദോവിരമാനന്ദം ഭജ ഗോവിം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദ േദാത്തഗോചരം തവഗോചരം ഗോവിരമാനന്ദം സദ്ഗുരു പ്രണതസ്മ്യേപ്പേ സന്തു നിരാമയാേ ഭദ്ര പശ്യന്തു മാ കിഖഭഭാ ഭവ കാര്യന വാചാ മനസേന്ദ്രിവാ ബുദ്ധ്യാത്മന പ്രകൃതേ സ്വഭാ കോമേദ്യത് സകലം പരസ്മൈ നാരായ സമർപ്പി ഹരി ഓ െ രാവിലെ